ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസാക്ഷാ ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാതദേഹാ ദക്ഷിണമൂർത്തേ നമ യന്ത്മധ്യം നി കരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണത്തി പുരുഷോ നസം നീ നം നൈ കാരം നി ജനിമരണം പുണ്യം നാപം തം നോ തഹജ സമരസം സദ്ഗുരും തം നമാമി സദാശിവസമാരംഭാ ശങ്കചാര്യപര്യത്തം വന്ദേ ഗുരുപരംപരാം മൗനവ്യാഖ്യകട്രഹ്മത്തം യുവാനം വർഷിന്വ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചന്മുദ്രമാനന്ദമൂർത്തി स्वात्मारामं मुदितवदनं സ്വാത്മാരാമം ഉദവദനം ദക്ഷിണമൂർത്തിമീഡേ വേദന്ധവിഭാസകാതയ സാനാതിനഗേന്ദ്രസംഘപവേ യോഗീന്ദ്രവ്യ भगवत्पादाभितां ഭഗവത്പാദിതേ തസ്മൈ ഭാഷ്യമോസ്തു സമൂ ബോഥത്മന അപാരസിത്സുഖവാരിരാശേ യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്തിവിഹീനം ഹൃദയ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിസ്ത് ഹം തത്താവസുപതിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയ ദൃഷ്ട്വാത്മനിഷാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണാൂർണസുധാബ്ധേ കബളിതഘനവിശ്വകിരണാവലിയ അരുണാചല പരമാരുണോഭവ ചിത്തകുവിസാ രുചലസർവം ഭൂസ് സ്ഥിര പ്രലീനമേത ചിത്രം ഹൃദ്യഹിത്മതയാൃത്യസി ഭോ തേ വദി ഹൃദയം നാമ അഹമിതി കുത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യ തൃക്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്തസ്വാം ധ്യയൻ പശ്യത്തിരുണാചലത്യ മഹീയം തേ ർപ്പതമനസ റം പശ്യൻ സർവമാകൃതി സതതും ഭജത്തെ നയപ്രീ സജയത്യുണാചലി സുഖേ മഗ്നം ഹൃദയകുഹരമധ്യേ കവലം ബ്രഹ്മമാത്രം ഹ്യഹമിതി സാക്ഷാ ആത്മരുപേണ ഭാതി ഹൃദി വിഷ മനസാ സ്വ ചിന്വതജതാ പവനചലനോധാത്മനിഷോസ്ജാം ജഗത്സവം യന്നേവ പ്രലീയതേദം ധാരയത്തെ ചൈവ തസ്മൈ ജാത്മനേ നമ ഹരി ഓ പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണവധ്യാ അമ്പ റം അനുസാമി नमोस्तुते व्यास ഭഗവത്ഗീതീം നമോസ്തു തേവ്യാസവിശാലുദ്ധേ ഫുല്ലേത്രന യാതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപന്നിജ്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീമൃതുഹേ നമോപനിഷദോ ഗാവോ ദുധാഗോനന്ദന പാർോ വത്സുധീർഭോക്തം ഗീതമൃതമഹത് വസുദേവസുതംസാണൂരമർദന ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂകം കരോതി വാചാ ഘയയത്തെ यत्कृपातमहं वन्दे വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുത സ്തുവ്യൈ സ്തൈ सामगाह ഗായഗാധ്യനവസ്ഥ മനസാ പശ്യന്തിയം യോഗിനോ യന്തം ന വിദുസുരാസുരഗണാ തമൈ നമ പാർസാരഥി ശ്രാവി ശുഭം ഗിരം പാർസ്യർത്തിഹരോ ദഹമൂർത്തിനഹന്ത പ്രവിശ്യ മമവാചയിമാുപ്ത സഞ്ജീവയഖിലശക്തിധരസ്വധ അനാശഹസ്തരണവണത് പ്രാണന്നമോ ഭഗവത്തെ പുരുഷാതുഭ്യം ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരെ ഹരി ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരെ ഹരി ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ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 സത്സംഗത്തിലേക്ക് ശ്രവണയജ്ഞത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്പം ഒരു അവതരണം ചെയ്യണം ശ്രീമദ്ഭഗവത്ഗീത തന്നെ ഓരോ അധ്യായം കഴിയുമ്പോഴും ഇതിമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ എന്ന് പറഞ്ഞ് ഇന്ന അധ്യായം ആണ് അവസാനിപ്പിക്കുന്നത് ഭഗവത്ഗീത ബ്രഹ്മവിദ്യയാണ് യോഗശാസ്ത്രം ആണ് അധ്യാത്മ സാധകന്മാർക്ക് ജിജ്ഞാസുക്കൾക്ക് മൂക്ഷുക്കളായിട്ടുള്ളവർക്ക് നമ്മളുടെ സനാതനധർമ്മത്തിലെ ഭഗവത്ഗീതയും ഭാഗവതമോ ഉപനിഷത്തുകളും ഉപനിഷത്തും ഭഗവത്ഗീതയും ഭാഗവതവും പ്രസ്ഥാനത്രയങ്ങളാണ് സാധാരണ പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ ഗീത വേദം ബ്രഹ്മസൂത്രങ്ങൾ ഇതാണ് വേദവാക്യാനി കൃഷ്ണസ്യ വാക്യാനി വ്യാസ്യ സൂത്രാണി അതോടുകൂടെ ശ്രീവല്ലഭാചാര്യർ പറഞ്ഞു വേദവാക്യാനി കൃഷ്ണസ്യവാക്യാനി വ്യാസസ് സൂത്രാണി സമാധിഭാഷ ച ഭാഗവതത്തിനാണ് സമാധിഭാഷ എന്ന് പറഞ്ഞത് അധ്യാത്മ ജിജ്ഞാസുക്കളായിട്ടുള്ളവർക്ക് അനുഭവ പ്രധാനികളായിട്ടുള്ളവർക്ക് നമുക്ക് ബ്രഹ്മസൂത്രം വേണമെന്നില്ല ഗീതയും ഭഗവത്ഗീത മാത്രം മതി ഭാഗവതമും വളരെ ബൃഹത്താണ് ഉപനിഷത്തുകളും അനേകമുണ്ട് ഗീത വളരെ കുറച്ച് എഴുന്നൂറ് ശ്ലോകങ്ങളിൽ ഉപനിഷത്തുകളുടെ സാരം മുഴുവൻ ഭഗവാൻ കറന്നെടുത്ത് നമുക്ക് തന്നിരിക്കും സർവോപനിഷതാ ഗാവ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോവത്സഹ പാർത്ഥൻ മുഖ്യശ്രോതാവും നമ്മളൊക്കെ തന്നെ ലക്ഷ്യശ്രോതാക്കളുമാണ് ഒരു കിടാവിനെ കാരണമാക്കി വെച്ചുകൊണ്ട് പാല് കറന്നിട്ട് ബാക്കിയുള്ളവർ കുടിക്കണ പോലെ പാർത്ഥൻ ആ കാലത്തിൽ തൽക്കാലത്തേക്ക് ഒരു കാരണം നമ്മളൊക്കെ തന്നെ കാരണമാണ് ദുഗ്ധം ഗീതാമൃതം ഇത്രയൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഗീതാശാസ്ത്രം ശാസ്ത്രം എന്ന് വെച്ചാൽ ശാസിക്കണത് എന്നാണ് അർത്ഥം ഇങ്ങനെ ഇരിക്കണം ചില നിയമങ്ങളെ പറഞ്ഞത് മുകളിൽ നിന്നും ചാടിയാൽ ചുവട്ടിൽ വീഴും എന്നുള്ളതൊരു നിയമാണ് ചാടിയാൽ ആകാശത്തിലൂടെ പറന്നു പോകും ചുവട്ടിലെത്തില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ചാടിയാൽ വീഴും എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് അതുപോലെ തന്നെ പ്രപഞ്ചത്തിന് മുഴുവനും സംസാരത്തിന്റെ ജീവിതത്തിന് മുഴുവൻ അടിത്തട്ടായിട്ടുള്ള നിയമത്തിനെ ശാസിക്കുന്ന ശാസ്ത്രമാണ് വേദം ഗീത ഉപനിഷത്ത് എല്ലാം അത് അറിഞ്ഞാൽ വീഴുമെന്നറിഞ്ഞാൽ നമ്മൾ ചാടില്ല അതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം ശാസ്ത്രം ഒന്നിനെയും മാറ്റിമറിക്കില്ല ഉള്ളതിനെ പറഞ്ഞു തരും അതനുസരിച്ചാൽ ഒരു ഇരുട്ടിനെ വെളിച്ചം ഇല്ലാതാക്കുന്ന പോലെ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിനെ ഇല്ലാതാക്കുന്നതാണ് ശാസ്ത്രം വസ്തുവിന്റെ സ്വഭാവത്തിനെ മാറ്റിമറിക്കില്ല ശാസ്ത്രം അപ്പൊ ഈ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോ അധികാരി വിഷയം സംബന്ധം പ്രയോജനം എന്ന് നാല് പറയും നമ്മളിപ്പോ സ്വതന്ത്രമായ ഒരു അധ്യായത്തിലേക്കാണ് പ്രവേശിക്കണത് പതിനാറാമത്തെ അധ്യായത്തിലെ അതിനുമുമ്പ് തന്നെ ഏകദേശം ഓരോ അധ്യായവും പൂർണ്ണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് പുസ്തകമാണ് പറയണത് ഏത് അധ്യായമാണ് പറയണത് ഏത് ആചാര്യനാണ് അതിൻ്റെ രചയിതാവ് ഇതൊന്നും നമുക്ക് പ്രധാനമല്ല വിഷയം ഒരേ വിഷയമാണ് എല്ലാ സത്സംഗത്തിലും എല്ലാ ദിവസവും എല്ലാ അധ്യായത്തിലും എല്ലാ ശ്ലോകത്തിലും വിഷയം ഒറ്റ വിഷയമേ ഉള്ളൂ അനേക വിഷയങ്ങൾ പറഞ്ഞാൽ ഭഗവാൻ തന്നെ പറയണത് ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിനോ മനസ്സ് ഒരു പിടിയും കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒറ്റ വിഷയം വളരെ കുറച്ചേ അറിയാനുള്ളൂ പക്ഷേ തുരുതുരാ അതില് ബുദ്ധി വ്യവഹരിച്ചുകൊണ്ടേയിരിക്കണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം ഒരുപാട് അറിയാനും അഭിമാനിക്കാനും ഒന്നുമില്ല അവിടെ വളരെ കുറച്ചേ അറിയാനും ഒക്കെ വളരെ ലളിതമാണ് വളരെ സിമ്പിളാണ് ഭഗവാൻ തന്നെ പറഞ്ഞു ഒമ്പതാമത്തെ അധ്യായത്തില് രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം വളരെ പ്രത്യക്ഷമായിട്ട് അറിയാവുന്ന വിഷയമാണ് പറയണത് ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അസുസുഖം കർത്തും അതിൻ്റെ ഫലമോ അവ്യയം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ഫലം കിട്ടും ഫലം തീർന്നും പോവും ഇത് മാത്രം ഒരിക്കൽ കിട്ടിയാൽ തീർന്നേ പോവാത്തതും നിത്യമായിട്ടുള്ളതുമായിട്ടുള്ളതോ ഈ ഫലം തീർന്നു പോല അപ്പോ അധികാരി വിഷയം സംബന്ധം പ്രയോജനം അധികാരി ആരാണ് അധികാരി ഗീതയ്ക്ക് മാത്രമല്ല ഇതൊക്കെ കൂടെ ഭഗവത്ഗീത ഭാഗവതം ബ്രഹ്മസൂത്രം ഉപനിഷത്ത് എല്ലാത്തിനെയും കൂടെ നമുക്ക് വേദാന്തം എന്ന് പറയാം വേദത്തിന്റെ മുഴുവൻ ലക്ഷ്യം വേദത്തിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ അപ്പൊ അതിനാരാ അധികാരി സാമാന്യ അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും അധികാരികളാണ് ജനറലായിട്ട് പറഞ്ഞാൽ മനുഷ്യ ആയിട്ടുള്ളവൻ അധികാരിയാണ് കാരണം മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്ര അർത്ഥമാക്കുന്നത് വിവേകി എന്നാണ് ശരീരത്തിനും മനുഷ്യന്ന് പേരില്ല വിവേകത്തിനാണ് മനുഷ്യൻ എന്ന് പേര് ശരീരത്തിന്റെ പേരല്ല മനുഷ്യൻ വിവേകത്തിന്റെ പേരാണ് മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ അവനാണ് മനുഷ്യൻ മറ്റുള്ളവൻ രൂപം കൊണ്ട് മനുഷ്യനാണെങ്കിലും ശാസ്ത്രീയമായ നിർവചനം കൊണ്ട് മനുഷ്യനല്ല ഇപ്പൊ ആ മനുഷ്യനല്ല എന്നുള്ളതല്ല അപ്പൊ നമുക്കിപ്പോ വിഷയം വളരെ വിശാലമായിട്ട് നോക്കിയാൽ എല്ലാവരും അധികാരികളാണ് മൃഗങ്ങളും പക്ഷികളും ഒക്കെ കുറച്ചു കാലം ഞാൻ മൗനമായിട്ടിരുന്നപ്പോ ഒരാള് ചോദിച്ചു ഈ ബ്രഹ്മവിദ്യ അറിഞ്ഞിട്ട് ഇങ്ങനെ പറയാതിരിക്കണുണ്ടല്ലോ പറയരുതോ ഞാൻ പറഞ്ഞു ഞാൻ പറയണ്ടേ സുഖമായിട്ട് ഏകാന്തമായിട്ടിരിക്കും കുരുവികളുടെ അടുത്തും അണ്ണാന്റെ അടുത്തും രണ്ടു മൂന്ന് കീരികളൊക്കെ അവിടെയുണ്ട് കീരികളുടെ അടുത്തും ചെടികളോടും ലാവിനോടും മാവിനോടും ഒക്കെ തന്നെ ഈ ആത്മവിദ്യ പറയും അവരൊക്കെ കേൾക്കും നമ്മൾ വിചാരിക്കുക മനുഷ്യർ മാത്രമേ കേൾക്കുള്ളൂ എന്നാണ് അവരൊക്കെ കേൾക്കും സകല പ്രാണിജാതങ്ങളും ഈ വിദ്യ കേൾക്കാൻ അധികാരികളാണ് സകല ഭൂതങ്ങളും ഈ വിദ്യയെ ഗ്രഹിക്കാൻ അധികാരികളാണ് അങ്ങനെ ഇരുന്നാലും വിശിഷ്ട അധികാരി എന്നൊന്നുണ്ട് അതായത് കോൺഷ്യസ് ആയിട്ട് എനിക്ക് വേണമെന്ന് പറയണവൻ വിശപ്പോടുകൂടി വന്ന് എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയുന്ന ആളുണ്ട് കൊച്ചുകുട്ടി വിശന്നിട്ട് അറിയില്ല ആ കുട്ടി പറയും കരയും വേറെ എന്തൊക്കെയോ പറഞ്ഞ് കരയും അമ്മയ്ക്കറിയാം കുട്ടിക്ക് ഊണാണോ വേണ്ടതെന്ന് കുട്ടി എനിക്ക് ഊണ് വേണ്ട പറയും എന്നാലും അമ്മ നിർബന്ധിച്ചിട്ട് ഊണ് കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും ഉറങ്ങാൻ പോകും ഇതുപോലെയാണ് സാധാരണ മനുഷ്യൻ അവനെ എന്തിന്റെ കുറവാണെന്ന് അവന് തന്നെ അറിയില്ല അതുകൊണ്ട് അവൻ എന്തൊക്കെയോ കുറ്റം പറഞ്ഞ് ആരെയൊക്കെയോ കുറ്റം പറഞ്ഞ് നടക്കും ഭാഗവതത്തില് വിക്ഷുഗീതത്തില് പറയേണ്ട ഗ്രഹത്തിനെ കുറ്റം പറയും അടുത്തുള്ള മനുഷ്യരെ കുറ്റം പറയും പ്രകൃതിയെ കുറ്റം പറയും തന്റെ കാലദോഷത്തിനെ കുറ്റം പറയും പ്രാരബ്ധത്തിനെ കുറ്റം പറയും ഇതൊക്കെ കുറ്റം പറയും ചുരുക്കത്തില് കുറ്റം പ്രകൃതിയിലില്ല കാലത്തിലില്ല ചൊവ്വേലോ ശനിയിലോ രാഹുലോ കേതുലോ ഒന്നുമില്ല കുറ്റം ഇവന്റെ അജ്ഞാനം മാത്രാണ് അതങ്ങട്ട് നിവൃത്തമായാൽ എല്ലാ ദോഷവും തീരും വളരെ എളുപ്പമാണ് പക്ഷെ നമുക്ക് എളുപ്പമായിട്ടുള്ള കാര്യത്തിലൊന്നും ശ്രദ്ധ പോല ചിലപ്പോ വളരെ സിംപിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ വിട്ടിട്ടുണ്ടാവും ആസ്പത്രികളിൽ പോലും പലപ്പോഴും നടക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കേസുകൾ അങ്ങനെ കേട്ട് കഴിഞ്ഞു വളരെ കോംപ്ലക്സ് ആയിട്ട് ഡോക്ടർമാര് പല ഗാഡ്ജറ്റ്സും വെച്ച് നോക്കിയിട്ട് പിടികിട്ടാത്ത രോഗങ്ങള് അവസാനം നോക്കിയാൽ ചിലപ്പോ വളരെ ചെറിയ വല്ല കാര്യമായിരിക്കും അവസാനം നോക്കുമ്പോ അത്രേ ഉള്ളൂ ഒരു പത്ത് രൂപയുടെ ഗുളിക കൊണ്ട് തീരുന്ന കാര്യത്തിനായിരിക്കും സ്കാനിങ്ങും വേറെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും അപ്പോഴേക്കും ആ ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട് ആയിട്ട് ഇനി വേറെ രോഗം വരാൻ പോണേ ഉള്ളൂ ഇതുപോലെ നമ്മളുടെ ദോഷം എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ് ആ ദോഷം ഒന്ന് നിവൃത്തമാക്കാനുള്ള ഒരു വിനയമും ജിജ്ഞാസയും മുമുക്ഷുത്വവും ശ്രദ്ധയും ഒക്കെ നമ്മളുടെ വേണം അതുകൊണ്ടാണ് വേദമാതാവ് ആദ്യം ഭാഗവതത്തിലെ ഏക ദശമസ്കന്ധത്തിൽ ഉത്തരാർദ്ധത്തിൽ പരീക്ഷിച്ച് ഗംഭീരമായിട്ടൊരു ചോദ്യം ചോദിക്കേണ്ടത് സുഖബ്രഹ്മ മഹർഷിയുടെ അടുത്ത് എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ എത്രയോ സത്സംഗമൊക്കെ നടക്കുന്നുണ്ട് നാട്ടില് ആളുകൾ വേദാന്തവും ഉപനിഷത്തും ഭഗവതും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ പറയണ്ട് എന്നിട്ടും എന്താ ഈ ആളുകൾക്ക് ഏശാത്തത് അതേസമയം ഉത്തമനായ ജ്ഞാനിയായ ഒരു ഗുരുവിന്റെ സമ്പർക്കം ഈ ശിഷ്യൻ പരമഭക്തിയോടുകൂടി ആ ഗുരുവിന്റെ അടുത്ത് സമീപിച്ച് ശുശ്രൂഷാദികൾ ചെയ്ത അടുത്ത് കൂടി കഴിയുമ്പോ കുറെ കാലം കഴിയുമ്പോൾ ഈ ശിഷ്യനിൽ അവനറിയാതെ ഒരു വൈശിഷ്ട്യം വരണമല്ലോ ഇതെങ്ങനെ അനേക കാലം സച്ചംഗവും മറ്റും പലതും ഒക്കെ കേട്ടൊക്കെ നടന്നിട്ടും വരാത്തൊരു നിറവ് തികവ് ജ്ഞാനികളുടെ സമ്പർക്കം കൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഉണ്ടാവണം അപ്പോഴാണ് ശ്രീ സുഖാചാര്യ ഒരു പറയണത്ത് നിർഗുണമായ ബ്രഹ്മത്തിനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സുകൊണ്ട് അറിയിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ജീവന് വേണം എന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് വേണം ആ ജ്ഞാനം വേണം എനിക്ക് ആ സാക്ഷാത്കാരം വേണം എനിക്ക് ശാന്തി വേണം പൂർണത വേണമെന്ന് ഉള്ളിൽ നിന്നും തോന്നിക്കഴിഞ്ഞാൽ ആ തോന്നൽ എന്ന് പറയുന്നത് തന്നെ മനസ്സിന്റെ മണ്ഡലത്തിലല്ല ആ തോന്നൽ ആർക്കും വരുത്തിക്കാൻ പറ്റുക ആ തോന്നൽ നിങ്ങൾ ലോകത്തിൽ പെട്ടും വിഷമിച്ചും സംസാര ദുഃഖമൊക്കെ അനുഭവിച്ചും കുറേയൊക്കെ കഴിഞ്ഞ് ഒരു പുണ്യപരിഭാഗം കൊണ്ട് സത്സംഗം കൊണ്ടും ഒക്കെ ഉള്ളിൽ ഉണരും ഉണർന്നു കഴിയുമ്പോൾ ഒരു ഗുരുസമ്പർക്കം ഉണ്ടാവുമ്പോൾ ആ ജ്ഞാനിയും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരിട്ട് ഉപദേശിക്കില്ല എന്നാണ് നേരിട്ടങ്ങോട് ഉപദേശിക്കുകയല്ല ചെയ്യണത് മറിച്ച് ഈ ശിഷ്യന്റെ ഉള്ളിൽ തന്നെ സർവോപദേശവും ഗ്രഹിക്കാനുള്ള ഒരു ശക്തിയെ ഉണർത്തിവിടുകയാണ് ആചാര്യസ്വാമികൾ തന്നെ ഗീതാഭാഷയത്തിൽ തന്നെ പറയണ്ട് ലബ്ധ ഗുരുവാത്മ പ്രസാദാനം ഇതപരം സ്വാസന്നതരം സുവിജ്ഞേയും അസ്ഥി ഗുരുവിന്റെയും ആത്മാവിന്റെയും കൃപ സമ്പാദിച്ചവർക്ക് ഇത്രയും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമില്ല എന്നാണ് ഗുരുവിന്റെ കൃപ മാത്രം സമ്പാദിച്ചാൽ പോരാ ഗുരുവിന്റെ കൃപ എന്ന് വെച്ചാൽ ആത്മകൃപയാണ് അതായത് ഉള്ളിൽ നിന്നും ഒരു ശക്തി വെളിയിൽ വെള്ളമുണ്ടെങ്കിലും കുടിക്കാൻ തോന്നണ്ടേ ദാഹമേണ്ടേ അപ്പൊ ഉള്ളിൽ നിന്നും ഒരു ജിജ്ഞാസ ഉള്ളിൽ ഉണർന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ ഭഗവാന്റെ അവതാരം കൃഷ്ണാവതാരമോ രാമാവതാരമോ മത്സ്യക്കുറുമാതി അവതാരങ്ങളോ ഒന്നുമല്ല ഭഗവാന്റെ ഏറ്റവും വലിയ അവതാരം എന്ന് പറഞ്ഞത് ജിജ്ഞാസയാണ് ഭഗവാനെ അറിയണം എന്നുള്ള ഭഗവാനെ അനുഭവിക്കണം ഭഗവത് സാക്ഷാത്കാരം നേടണം എന്നുള്ള ആ ദാഹമാണ് ഈശ്വരന്റെ ഏറ്റവും വലിയ അവതാരം അതിനുള്ളിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ജീവനെ പുറമേക്ക് എന്തൊക്കെ സാമഗ്രികൾ ഉണ്ടോ ഇല്ലയോ അവൻ വിമുക്തനാവും സപ്തഭൂമികകളില് ആദ്യത്തെ ഭൂമികയായ ശുഭേച്ഛ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ തന്നെ അവൻ മുക്തനാണെന്ന് അറിഞ്ഞോളൂ എന്നാണ് യോഗവാസിഷ്ഠം പറയണത് ബാക്കിയൊക്കെ പിന്നെ അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളൊക്കെ മുക്തനാണ് പക്ഷേ മുക്തിയുടെ ഫലമായിട്ടുള്ള ആനന്ദം കിട്ടാൻ ഒരു പക്ഷേ ട്രെയിനിൽ കയറിയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കാശ്മീരിലേക്ക് പോവാണ് വണ്ടി തിരുവനന്തപുരം സ്റ്റേഷൻ വിട്ടിട്ടില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ പക്ഷെ ഇരുന്നു കഴിഞ്ഞു എത്തും നിശ്ചയമായിട്ടും ട്രെയിനിൽ കയറാത്ത സ്റ്റേഷനിലുള്ള പോർട്ടറും ട്രെയിനിൽ ഇരിക്കുന്ന ഒരേ സ്റ്റേഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ നിശ്ചയമായിട്ടും വലിയ വ്യത്യാസമുണ്ട് പോർട്ടർ ഇവിടെ തന്നെ ഇരിക്കും ഉള്ളിലിരിക്കുന്ന ആൾ എത്തും രണ്ടി പുറപ്പെടും അല്ലേ അതുപോലെ ആദ്യത്തെ ഭൂമികയായ ശുഭേച്ഛ ജിജ്ഞാസത്യത്തിനെ അറിയണമെന്നുള്ള ആശ നിശ്ചയം ആശ എന്ന് വെച്ചാൽ അത് തന്നെ വേണമെന്നുള്ള നിശ്ചയം അത് അവ്യക്തമായിട്ടോ വ്യക്തമായിട്ടോ ഒരാളിൽ വരുന്നതാണ് അയാളുടെ അധികാരിത്വം ആ അധികാരിത്വം ശരിക്കും ഈ ആത്മജ്ഞാനം വേണമെന്നുള്ളത് ഒരാഗ്രഹമല്ല വെള്ളം കുടിക്കണം എന്നുള്ള ദാഹം ആഗ്രഹാണോ ദാഹം വരണു ഐ ദാഹിക്കണം ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതോ അതാഗ്രഹാണോ വിശക്കണോ അതൊരാഗ്രഹമാണോ അത് എക്സ്പ്രഷൻ ഓഫ് ബോഡിയാണ് അല്ലേ ശരീരത്തിന്റെ ഒരു അഭിവ്യഞ്ജനമാണ് ശരീരത്തിന്റെ ഒരു ശക്തി പ്രകടനമാണ് അല്ലെങ്കിൽ ശരീരത്തിന്റെ തന്നെ ഒരു ബയോളജിക്കൽ അർജാണത് അല്ലെ വിഷപ്പ് ദാഹം എന്ന് പറയുന്നത് ശോകം മോഹം അതേപോലെ തന്നെ അന്തര്യാമിയുടെ ഒരു അഭിവ്യക്തിയാണ് ഭക്തിയിലോ ജ്ഞാനത്തിലോ ഒക്കെ ഉണ്ടാവണ രുചി പക്ഷെ ആ അഭിവ്യക്തി ഉണ്ടാവുമ്പോ നമുക്ക് തോന്നും നമ്മളാണോ ചെയ്യണത് തോന്നും മറ്റുള്ളവരും പറയും ഈ വയസ്സ് ചെറിയ കുട്ടികളാണോ പുറപ്പെടണമെങ്കിൽ ഈ വയസ്സിലൊന്നും ഇതിനൊന്നും പോണ്ട എന്ന് പറയും വയസ്സായിട്ടുള്ള ആളുകളെടുത്ത് പറയും വയസ്സായില്ല ഇനി ഈ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ കേട്ടോ ഈ റോട്ടിലൊക്കെ പോണത് വീട്ടിലിരുന്ന് ടി വി കണ്ടുകൂടെ ചോദിക്കും പക്ഷെ ഈ അഭിവ്യക്തി ഉണ്ടായിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് അടക്കിയിരിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചോളൂ ഇതൊക്കെ പറയുമ്പോ ഈ അഭിവ്യക്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം അത് ഉണ്ടായിക്കഴിഞ്ഞ ആളുകളെ കാണുമ്പോ അവരെ കാണുന്നത് മതി എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ കാണുന്നത് മതി അമ്പലത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ആ ദാഹം തന്നെ ഈശ്വരന്റെ ആവിർഭാവാണ് അതുകൊണ്ടാണ് രാമകൃഷ്ണ പരമവംസര് ആ നരേന്ദ്രനാഥ് ദത്ത കുച്ചു പയ്യൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് രാമകൃഷ്ണദേവൻ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുട്ടിയും ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ കാണുന്നതിനേക്കാളും അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വേണമെങ്കിൽ നിനക്ക് കാണിച്ചു പറ്റും നീ ദക്ഷിണേശ്വരത്തിലേക്ക് വരുവോ എന്ന് ചോദിച്ചു ഞാൻ വരാം മഹാഷ ഞാൻ വരാം പക്ഷെ പോകുമ്പോ നരേന്ദ്രന്റെ കവ കവിള് കവിൾത്തടത്തിൽ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ പോണത് ജീവന് വൈകിക്കാനുള്ള ശക്തി ഉണ്ട് പക്ഷെ ഈശ്വരന് വൈകിക്കാനുള്ള ശക്തി ഇല്ല രാമശ്വദേവന് അവിടെ പെടഞ്ഞു എന്നാ പറ ആ കുട്ടി വന്നില്ലല്ലോ ആ കുട്ടി വന്നില്ലല്ലോ രാമകൃഷ്ണ ബ്രഹ്മംസ്ഥര് ദക്ഷിണേശ്വരത്തിലിരുന്ന ആ കുട്ടിയെ ഞാൻ രാമചന്ദ്രദത്തയുടെ വീട്ടിൽ കണ്ടുവല്ലോ ആ കുട്ടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേര് പോലും അന്ന് ചോദിച്ചില്ല അപ്പൊ വരുന്നവരോടൊക്കെ ആ കുട്ടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് പറഞ്ഞ് ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുത്ര വിടർന്ന് കണ്ണുകളായിട്ട് നല്ല തേജസ്സോടുകൂടിയുള്ള ഒരു ചുറുചുറുക്കുള്ള കുട്ടി അവനെ കണ്ടില്ലല്ലോ അവ വരാന്ന് പറഞ്ഞല്ലോ വന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ദക്ഷിണേശ്വരത്തിൽ വരുമ്പോ ആ ഗംഗയുടെ വശത്തുള്ള അത് വാതിലൂടെ ഉള്ളിൽ കടന്നപ്പോ രാമകൃഷ്ണദേവന് വളരെ ആശ്ചര്യമായിട്ട് നോക്കിയത്രേ എല്ലാവരും മനുഷ്യൻ കണ്ണിലും മൂക്കിലും രൂപത്തിലും ഒക്കെ ഒരേപോലെ തന്നെ പക്ഷെ ഉള്ളിൽ വരണതുണ്ടല്ലോ ആ വസ്തുവിനെ ഉത്കരാമന്തം സ്ഥിതം വാഭുജാനം വാ ഗുണാൻവിതം വിമൂഢാഹാന അണുപശ്യന്തി പശ്യന്തി ജ്ഞാന ചക്ഷുഷാണ് ഉള്ളിലിരിക്കുന്നത് ആരാണെന്നുള്ളത് യോഗികൾക്ക് കാണാം നല്ല കണ്ണാടിയിട്ട് വെച്ച ലഡും ജിലേപ്പിയും സ്വീറ്റും ഒക്കെ വെച്ച സ്വീറ്റ് ഷോപ്പില് കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ അതൊക്കെ കാണണ പോലെ യോഗികള് ഈ വരണ ആളുകൾ എന്തൊക്കെ സ്റ്റഫിങ് കൊണ്ടാണ് വരുന്നത് നല്ലവണ്ണം അറിയാന്നാണ് അവർക്ക് ഈ നരേന്ദ്രനാഥൻ ഉള്ളിൽ വന്നതും രാമകൃഷ്ണദേവൻ വിളിച്ചുകൊണ്ട് അകത്തു കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ചു അതിലടച്ചിട്ട് ആരത്തി കാണിച്ചു പുഷ്പാർച്ചന ചെയ്തു നമസ്കരിച്ചു നീ സാക്ഷാത് നാരായണനാണെന്ന് നരേന്ദ്രനാഥൻ വിചാരിച്ചു നരേന്ദ്രനാഥന്റെ മനസ്സ് വിചാരിച്ചു ഈ ബ്രാഹ്മണന് നല്ല വട്ടാണ് പക്ഷെ നല്ല ആളാണ് അതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നു ഭാവം എന്തോ ഒരു വിശ്വാസത്തിൽ എന്നെയൊക്കെ പൂജിക്കണു ഞാൻ ഈ നരേ ഈ ദത്ത ഫാമിലിയിൽ ജനിച്ചൊരു പയ്യൻ എന്നെ ഈ ബ്രാഹ്മണൻ ഭ്രാന്ത് പോലെ പൂജിക്കണു ഈ ബ്രാഹ്മണന് ഭ്രാന്താണ് സറി രാമകൃഷ്ണദേവൻ ആവട്ടെ അത്ര ഭാവത്തോടെ പൂജിച്ചു അദ്ദേഹം മഹാശക്തി ഉപാസകനാണ് ശക്തി ദേവിയുടെ സർവ ആവിർഭാവം ശക്തി എന്ന് വെച്ചാൽ എന്താ രാമകൃഷ്ണദേവൻ തന്നെ വിളിക്കുന്നത് ബ്രഹ്മമയ്യ എന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞ നിർഗുണേ ഗുണവൃത്തയാഹ രാമകൃഷ്ണദേവൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ നരേന്ദ്രനാഥന് മനസ്സിലായില്ല അപ്പോ നരേന്ദ്രനാഥനെ അല്ല പൂജിച്ചത് നരേന്ദ്രനാഥന്റെ ഉള്ളിലുള്ള ബ്രാഹ്മി എന്ന് പറയുന്ന വിവേകരൂപിണിയായ ശക്തിയെ പൂജിച്ചു ഉണർത്തി വിടുകയാണ് ചെയ്തത് കാരണം കുട്ടി വന്നിരിക്കുന്നു ഇനി വരാതെ തിരിച്ചു പോവാൻ പാടില്ല ഉള്ളിലുള്ള ആ ശക്തിയെ ഉണർത്തി ഇനി അവന് വരാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം തന്നെ പാടുന്നൊരു പാട്ടുണ്ട് ജാഗോ ജാഗോ മാ അമ്മേ ഉണരൂ അമ്മേ ഉണരൂ ഭാഗവതത്തില് ഈ സന്ദർഭത്തില് ശുഖാചാര്യർ പറഞ്ഞത് അതാണ് ജയ ജയാ ജി അജാം അജിത ദോഷഗൃഭീത ഗുണാം ത്മസീയതാത്മന സമവരുദ്ധ സമസ്ത അഗജഗദോകസാ അഖില ശക്തി അവബോധകത്തെ ക്വജിത ജയാത്മനാ ചരതോനു ചരേഗ ഒരു സദ്ഗുരു ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിത്തിശക്തിയെ ഉണർത്ത ആ ഉണർത്തുന്ന വാണിക്ക് പേരാണ് വേദം അതുകൊണ്ടാണ് ശ്രുതിഗീത എന്ന് പേര് ആ ശ്രുതി ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശ്രദ്ധാശക്തിയെ വിവേകശക്തിയെയാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എഴുന്നേക്കൂ ഭഗവാനെ എന്നാണ് ഞാൻ ഉപദേശിച്ചിട്ടും ഇയാൾ പുസ്തകം പഠിച്ചിട്ടും യോഗസാധന ചെയ്തിട്ടും ജപിച്ചിട്ടും ധ്യാനിച്ചിട്ടൊന്നും ഇയാൾ മുക്തനാവില്ല ഉള്ളിലുള്ള കൃപാശക്തിയായ ഭഗവാൻ എഴുന്നേറ്റാലേ ഇവൻ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഭഗവാനെ എഴുന്നേക്കൂ എന്ന് പറഞ്ഞ ഉള്ളിലെ ശിഷ്യന്റെ ഉള്ളിലുള്ള ആ പ്രജ്ഞയെ പ്രജ്ഞാരൂപിണിയായ ദേവിയെ ഉണർത്തുകയാണ് വേദമാതാവ് വേദമാതാവിലൂടെ ആചാര്യം ഉണരാൻ പറയുക ഉണർന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അതാണ് ലബ്ധ ഗുരുവാത്മപ്രസാദാനം എന്ന് ഉള്ളിലുള്ള ആൾ എഴുന്നേറ്റാലേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ വെളിയിൽ എത്ര ബോധിപ്പിച്ചാലും പിടിക്കില്ല അപ്പോ രാമകൃഷ്ണദേവൻ ചെയ്തത് ഇതാണ് നരേന്ദ്രനാഥന്റെ ഉള്ളിലുള്ള ആ ബ്രാഹ്മി ശക്തിയെ ജ്ഞാനരൂപിണിയായ ശക്തിയെ എഴുന്നേക്കൂ എഴുന്നേക്കൂ എഴുന്നേക്കൂ എന്ന് പറഞ്ഞ് ആരാധിച്ചു നരേന്ദ്രനാഥൻ തൽക്കാലത്തേക്ക് ഈ ബ്രാഹ്മണന് ഭ്രാന്താണെന്ന് വിചാരിച്ചു പുറത്തു വന്നിട്ട് നോക്കുമ്പോ വളരെ ബാലൻസ്ഡായി അതീവ ബുദ്ധിശാലിയായ ഒരു ബ്രാഹ്മണനെയാണ് നരേന്ദ്രൻ കാണുന്നത് അപ്പൊ ഇത് രണ്ടും കോൺട്രാസ്റ്റാണ് അല്പം സംശയം ഉണ്ടാക്കിയത് അപ്പൊ എന്താ ഇദ്ദേഹം ഉള്ളി ചെയ്തത് ഉള്ളിൽ എന്നെ പൂജിച്ചു പുറത്തു വരുമ്പോ വളരെ നല്ല രീതിയിലാണ് പെരുമാറണത് ശരി നോക്കാം എന്ന് പറഞ്ഞാണ് പിന്നെയും വരണത് കുറെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ആ ബന്ധം ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അത് പതുക്കെ ഒരു സ്കൂൾ ടീച്ചർ സ്റ്റുഡന്റ് പോലെയോ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കണ പോലെയോ ബ്രഹ്മവിദ്യ കൊടുക്കാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് ഓരോ പുസ്തകവും പേനും ഒക്കെ ആയിട്ട് ഭഗവത്ഗീതാ ക്ലാസ്സിലും ഉപനിഷത്ത് ക്ലാസ്സിലുമൊക്കെ നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ ഈ വിദ്യ പ്രവേശിക്കില്ല ഇത് വളരെ വളരെ വളരെ മൃദുലമായ വിദ്യയാണ് അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അധികാരി എന്ന് പറഞ്ഞു ആരാ അധികാരി സാമാന്യ രൂപത്തിലെല്ലാവരും അധികാരികളാണ് വിശേഷ രൂപത്തിൽ വിവേകിയായിട്ടുള്ളവൻ അധികാരിയാണ് വിവേഖ്യെന്ന് വെച്ചാൽ അയാളെ എല്ലാം പരീക്ഷിച്ച് അറിഞ്ഞ് എല്ലാറ്റിലും ദുഃഖമുണ്ടെന്ന് കണ്ട് പുറത്തുള്ള എല്ലാം അതായത് ഈ വിദ്യയല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇയാൾക്ക് അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടെങ്കിൽ സത്സംഗത്തിന് വന്ന് ചെയ്യാം പക്ഷേ നമ്മൾ പറയുന്ന രീതിയിൽ ഈ വിദ്യ ഫലിക്കില്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവും ഉള്ളില് ഈ വിദ്യ ഏത് രീതിയിലുള്ള ആൾക്കും പ്രയോജനപ്പെടും പക്ഷേ ഈ പറയണ രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഫലിക്കണമെങ്കിൽ ഇതിനപ്പുറമുള്ള യാതൊന്നിലും ഇവന്റെ മനസ്സ് പ്രവർത്തിക്കണില്ലെങ്കിൽ അവനാണ് ഉത്തമ അധികാരി എന്ന് പറയണത് അയാൾക്ക് വിവേകം കൊണ്ട് ലോകത്തിനെ നല്ലവണ്ണം മനസ്സിലാക്കി ലോകം എന്താണ് ലോകത്തിൽ ജീവിച്ചു പഠിച്ചു ആദ്യമൊക്കെ ലോകത്തൊന്ന് ജീവിച്ച് അതിൻ്റെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് വിഷമിച്ച് വിവേകത്തോടുകൂടെ വിവേകത്തോടുകൂടെ ജീവിച്ചു ചിലർക്കൊക്കെ ബാല്യത്തിൽ തന്നെ ഈ പക്വത വരും അതിന് കാരണം നമ്മൾക്ക് പറയാവുന്ന കാരണം എന്താന്ന് വെച്ചാൽ എത്രയോ ജന്മങ്ങളിൽ ഇവർ ഏതൊക്കെയോ രീതിയിൽ പരിഭാഗപ്പെട്ടു വന്നിരിക്കണമെന്ന് പറയണം ചിലർക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെ വിവേകത്തോടുകൂടെ ജീവിച്ച എല്ലാ ഫാസറ്റ്സ് ഓഫ് ലൈഫ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എല്ലാം കണ്ടു ഇനി ഒരിടത്തും നമ്മളുടെ മനസ്സ് മരുമരീചികയുടെ പുറകിൽ ഓടിപ്പോകുന്ന പോലെ ഓടിപ്പോയില്ല എന്നറിയാം വിവേകി എന്താന്ന് വെച്ചാൽ അയാൾ മനസ്സിലാക്കുകയാണ് ലോകം എന്താണെന്ന് ഇനി ഒരിക്കലും ഇയാളുടെ ചിത്തം എന്തിലെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം തോന്നാൻ പാടില്ല ഒഴിവിലൊടുക്കം എന്ന തമിഴ് ഗ്രന്ഥത്തിൽ കണ്ണുടേ വള്ളലാൾ പറഞ്ഞു ഗുരു എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബാഗ് ബാഗ് ഇങ്ങനെ വെച്ച് ഞാൻ കൊറേ അത് ഇങ്ങനെ ഒളിച്ചൊളിച്ചു വെച്ചാല് നിങ്ങൾ വിചാരിക്കും അതിനകത്ത് എന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ട് വിചാരിക്കും ഈ ബാഗിൽ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ച് എത്തി നോക്കും അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം തോന്നും ശ്രദ്ധ മുഴുവൻ അതിൽ പോകും എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നണം വരെ ദൃഷ്ടി ദോഷം തീരാനായിട്ട് അങ്ങനെയൊക്കെ പറയും ആളുകൾ ആളുകളുടെ ദൃഷ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേകമായ ഒരു സാധനം കൈ പിടിക്കുക അതൊക്കെ ചെയ്താൽ മതി കാരണമൊന്നും വേണ്ട ആളുകൾ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഇതിൽ എന്തോ ഉണ്ട് ഈ സീറ്റ് തന്നെ പലരും സംശയിച്ചിട്ടുണ്ട് പലരും നമ്മുടെ കൂടെ ഉള്ളവരോട് ചോദിച്ചിട്ടുണ്ട് അതിലാണ് എന്തോ രഹസ്യ ഇരിക്കുന്നത് ഈ വിക്രമാദിത്യ സിംഹാസനം പോലെ അതിലിരുന്നാലേ വരള്ളൂന്നുണ്ടോന്നല്ല എന്തോ ഉണ്ട് തോന്നും നമുക്ക് പ്രത്യേകമായി എന്തെങ്കിലും കണ്ടാൽ അതിലെന്തെങ്കിലും ഉണ്ടോ അവിടെയാണ് കണ്ണുടേ പറഞ്ഞു പൈമറി കാട്ടിനാൻ പൈ മറിത്തി കാട്ട ഒരു ബാഗ് ഇങ്ങനെ എന്തോ ഉണ്ടോ ഉണ്ടോ എന്ന് തോന്നുമ്പോൾ ബാഗിന്റെ ഉള്ളിൽ കൈ പുറത്തേക്ക് ഇട്ടാൽ ബാഗിലൊന്നുമില്ല കാലി അതുപോലെ ഈ ലോകത്തിൽ ഒരു ചുക്കും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയണം അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറെ പോയി തല്ലു കൊണ്ട് സുഖ അനുഭവിച്ച് വിഷമിച്ചോളൂ പക്ഷെ അറിഞ്ഞിരിക്കണം വിവേകത്തോടുകൂടെ ലോകത്തിനെ ശ്രദ്ധിച്ച് പരീക്ഷ്യലോകാന് എന്ന് വേദം ഒരു സംശയത്തിന് അടകൊടുക്കാതെ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു നല്ല വെണ്ണം ഡിസെക്ട് ചെയ്തു നോക്കുക പക്ഷേ വീണു പോവാതെ പലപ്പോഴും പരീക്ഷയലോകാനില് ലോകത്തിനുള്ളിൽ പെട്ട് തിരിച്ചേ വരില്ല പോയി ലോകം മുഴുവൻ ലോകമെന്ന് വെച്ചാൽ എല്ലാം ലോകം മുഴുവൻ ആർക്കെങ്കിലും പരീക്ഷിക്കാൻ പറ്റുമോ ഇല്ല അവനവന് ജിജ്ഞാസയും അവനവന്റെ എന്തെങ്കിലും ഉണ്ടോ തോന്നുന്ന ഫീൽഡൊക്കെ ഉണ്ടല്ലോ ആ ഫീൽഡിലൊക്കെ അവരവർ ജീവിച്ചു നോക്കി കഴിഞ്ഞു കൊറേ കഴിയുമ്പോ തെളിഞ്ഞു നല്ല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എല്ലാം പരീക്ഷിക്കണം എന്നൊന്നും ആഗ്രഹമില്ല അല്ലെ നമ്മൾക്കൊരു ജിജ്ഞാസയും നമ്മളുടെ ഒരു ഫീൽഡും ഒക്കെ ഉണ്ടാകും അതിനകത്തേ ഉള്ളൂ ചിലർക്ക് ശാസ്ത്രമായിരിക്കാം ചിലർക്ക് ലോകമായിരിക്കാം ചിലർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഫീൽഡ് ആയിരിക്കാം അവരവരുടെ പ്രകൃതിക്ക് അനുസരിച്ച് ആ പ്രകൃതിയെ അവർ ദുഷിപ്പിക്കില്ല ആചാര്യസ്വാമികൾ ഗീതാഭാഷയത്തിൽ തന്നെ പറയേണ്ടത് വിഷത്തിൽ കിടക്കുന്ന കൃമിക്ക് വിഷം ദുഷ്ടമല്ല എന്നാണ് അതൊന്നും ബാധിക്കില്ല അതുകൊണ്ട് അവരവരുടെ പ്രകൃതി സ്വഭാവത്തിനനുസരിച്ച് ലോകത്തിലെ സംഘമില്ലാതെ ആശ്രയമില്ലാതെ നിഷ്കാമ്യമായി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടെ ഇരുന്ന് യാള് അവസാനം മനസ്സിലാക്കുകയാണ് ഇതിലൊന്നുമില്ല വെറുതെ ബാഗ് കാലി ബാഗ് പിടിച്ചിട്ട് എന്തോ ഉണ്ട് ഉണ്ട് എന്ന് കാണിക്കണ പോലെയാണ് എന്ന് നല്ലവണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ദുഃഖം മുഖ്യമായിട്ടുള്ള പവറാണ് ദുഃഖം ദുഃഖം കണ്ട് കണ്ട് കണ്ട് പഠിക്കുക ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞു ഭക്തി വേണമെങ്കിൽ ലോകത്തിലുള്ള ദുഃഖം ആദ്യം കാണണം എന്നാണ് ദുഃഖാനി ആലോക്യജന്തുഷു അലം ഉദിത വിവേകോഹം ആചാര്യവര ്രൂപത ഗുണചരിതകാതി ഉദ്ഭവക്തിഭൂമായാ പരമസുഖമേ ത്പദേ മോദിദാഹേ തൂർഗവനപുരവത്തെശയാ ശേഷൻ ദുഃഖാനി ആലോക്യ ജന്തുഷു ഭഗവാൻ നമുക്ക് വിവേകശക്തി തന്നിട്ടുണ്ടല്ലോ അതു വെച്ചുകൊണ്ട് എല്ലാവരുടെ ജീവിതവും നോക്കി നോക്കി പഠിക്കാന്ന് നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് സന്ദർഭം എവിടെ നോക്കിയാലും സർവത്ര ദുഃഖമുണ്ട് ദുഃഖം എന്ന് വെച്ചാൽ ജന്മദുഃഖം ജരാദുഖം വ്യാധി ദുഃഖം വിയോഗ ദുഃഖം നമുക്ക് സുഖം തരുന്ന പദാർത്ഥങ്ങളും ദുഃഖമാണ് എന്താണെന്ന് വെച്ചാൽ അവ വിട്ടുപോകുമെന്നുള്ള ദുഃഖം ചിലത് കിട്ടിയില്ല എന്നുള്ളത് ദുഃഖം ചിലത് കിട്ടിക്കഴിയുമ്പോൾ ഇത് പോകുമല്ലോ എന്നുള്ള ഭയം ദുഃഖം ചിലത് പോയി കഴിഞ്ഞിട്ടുള്ള ദുഃഖം ഈ മൂന്ന് കാറ്റഗറിയാണ് ലോകത്തിലുള്ളത് നമ്മളിൽ നിന്ന് അന്യമായ പദാർത്ഥങ്ങൾക്ക് മൂന്ന് സ്വഭാവമാണ് ഉള്ളത് ഒന്ന് ആഗ്രഹ ദുഃഖം അതായത് കിട്ടിയിട്ടില്ല രണ്ട് കിട്ടിക്കഴിഞ്ഞു അത് അനുഭവിക്കുമ്പോഴോ പോകുമല്ലോ എന്നുള്ള പേടിയുടെ രൂപത്തിലുള്ള ദുഃഖം മൂന്നാമത് പോയിക്കഴിഞ്ഞിട്ടുള്ള ദുഃഖം അല്ലേ പറയൂ മുഴുവനും നമ്മളുടെ അനുഭവ മണ്ഡലം പ്രകൃതി മുഴുവൻ ആത്മാവിൽ നിന്ന് അന്യമായ പദാർത്ഥങ്ങളൊക്കെ തന്നെ കിട്ടേണ്ടവകളാണ് നഷ്ടപ്പെട്ടു പോകുന്നവളുമാണ് പുറമേ വസ്തുക്കളുടെ ഒക്കെ സ്വഭാവത്താണ് നോക്കി ഇത് നമ്മളുടെ വിവേകത്തിൻ്റെ വിചാരത്തിനോ മണ്ഡലമാണ് നിങ്ങൾക്ക് ഇപ്പൊ പ്രയോജനപ്പെടുവോ എപ്പോൾ പ്രയോജനപ്പെടുവോ അറിയില്ല പക്ഷെ എന്നെങ്കിലുമൊക്കെ ഇത് വിശകലനം ചെയ്യേണ്ടി പുറത്തുനിന്ന് വരുന്നതൊക്കെ പോകും കിട്ടുന്നതൊക്കെ നഷ്ടപ്പെടും ജനിക്കുന്നതൊക്കെ മരിക്കും ആരോഗ്യമുള്ളതിനൊക്കെ രോഗമുണ്ട് അതുകൊണ്ട് തന്നെ ജനിക്കുമ്പോ മരണഭയവും കിട്ടുമ്പോ നഷ്ടപ്പെടുന്നുള്ള ഭയവും ആരോഗ്യമുള്ളപ്പോ രോഗത്തിന്റെ ഭയവും രണ്ട് കാറ്റഗറിയാണ് ആളുകൾ രോഗം വന്നിട്ട് ഇങ്ങനെ വന്നുവല്ലോ എന്നുള്ള വിഷമം ആരോഗ്യത്തോടെ ഇരുന്നിട്ട് രോഗത്തിനെ ഭയപ്പെടുന്ന കൂട്ടർ ഇനി രണ്ടു കൂട്ടരാണ് എല്ലാ വശമും ചിന്തിച്ചാൽ കാണാം ഈ ലോകത്തിലെ ജീവിതം പരിപൂർണമായി ഭദ്രമല്ല സുഭദ്രമല്ല ഇവിടെ ഇത് അറിഞ്ഞു കഴിയുമ്പോ ആദ്യം ഒരു ഭയം ഉണ്ടാവും എന്തിനാ ഇത് അറിഞ്ഞെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ പൂച്ച പാൽ കുടിക്കണ പോലെ ഇതൊന്നും അറിയാത്ത സുഖമാണെന്ന് ധരിച്ച് ജീവിക്കാമല്ലോ പക്ഷെ ജീവിക്കാം ഭർത്തറായിട്ട് നമുക്ക് കിട്ടില്ല കാരണം നമുക്ക് പൂർണ്ണമായ ആനന്ദം നിർവൃത്തി ശാന്തി ഉണ്ടാവില്ല അജ്ഞാനിയായിട്ട് ജീവിക്കണവനും ജീവിച്ചു പോകും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അറിയണം അറിയണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ ജീവിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു നിർവൃത്തി ഉണ്ടല്ലോ അറിയാത്തവനും സന്തോഷവും സുഖമൊക്കെ കിട്ടും എന്താന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ബ്രഹ്മസ്വരൂപികളാണ് അതുകൊണ്ട് നമ്മളുടെ സ്വാഭാവികമായ ആനന്ദം ഈ അജ്ഞാനങ്ങൾക്കിടയിൽ അഭിവ്യക്തമാവും അതുകൊണ്ട് അജ്ഞാനികളും ആനന്ദത്തിന്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല അജ്ഞാനികൾക്കും ഇടയ്ക്കിടയ്ക്ക് ആനന്ദം ഉണ്ടാവും കാരണം ആനന്ദം നമ്മളുടെ സ്വഭാവമാണ് ആനന്ദാദ്യേൽ ആനന്ദേനീവന് ആനന്ദം പ്രയന്ത്യംവിശന്തീതി സൈഷാഭാർഗവീ വരുണീ വിദ്യ പരമേവ്യോ വേദം പറയണത് ആനന്ദത്തിൽ നിന്നാണ് ജനിക്കുന്നത് ആനന്ദത്തിലാണ് നിൽക്കുന്നത് ആനന്ദത്തിലാണ് ലയിക്കുന്നത് ഇതാണ് ആനന്ദമീമാംസ ആനന്ദവിചാരം ഈ തത്വം അറിഞ്ഞവൻ യവം വേദ സപ്രതിഷ്ഠതാണ് ആ ആനന്ദത്തില് റൂട്ടഡ് ആവുന്നു എസ്റ്റാബ്ലിഷ്ഡു നിർവൃത്തിയാണ് പരമസുഖം പരമസുഖം എന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് ഒരു ചെറിയ ഉദാഹരണം തോന്നും കുട്ടികൾക്ക് ഒരു വർഷം മുഴുവൻ സ്കൂൾ പഠിച്ചിട്ട് രണ്ടു മാസം വെക്കേഷൻ കൊടുത്തു കഴിയുമ്പോ അവസാനത്തെ ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ മുതലുള്ള ദിവസത്തിൻ്റെ ഒരു ഒരു ദിവ്യത്വം ഉള്ളിലുണ്ടാവും അതുപോലെ തത്വം അറിഞ്ഞ ജ്ഞാനിക്ക് ജീവിതം മുഴുവൻ ഹോളിഡേയാണ് ഇറ്റേണൽ ഹോളിഡേ കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ല ഒന്നും നേടാനില്ല ഒന്നും നഷ്ടപ്പെടാനില്ല ശാന്തി ശാന്തി ശാന്തി ശാന്തി ഈ ശാന്തിയാവട്ടെ ഈ നിർവൃത്തിയാവട്ടെ അജ്ഞാന നിരാകരണം കൊണ്ട് മാത്രം സ്വതസിദ്ധമായിട്ടുള്ളത് അഭിവ്യക്തമായതാണ് നേടിയെടുത്തതല്ല സ്വതസിദ്ധമാണ് എല്ലാവർക്കും ഉള്ളതാണത് എല്ലാവരുടെ ഉള്ളിലും ഈ അജ്ഞാനത്തിന്റെ മൂടുപടം അങ്ങനെ നീങ്ങുമ്പോ മറങ്ങൾ നീങ്ങുമ്പോ നമുക്ക് കാണാം നമ്മള് ഈ വിചാരിച്ച പോലെ ഈ ശരീരമോ ഈ ചെറിയൊരു ജീവനൊന്നും അഖണ്ഡമായ പൂർണ്ണ വസ്തുവാണ് അപ്പൊ ഈ ജ്ഞാനത്തിന് ആദ്യത്തെ പടിയാണ് ജിജ്ഞാസ മുമുക്ഷത്വം അയാളാണ് അധികാരി അയാള് അറിഞ്ഞു ലോകത്തിൽ ഒന്നിലും ഇതില്ല ഈ സുഖമില്ല എനിക്ക് ഈ അലൗകികമായ വസ്തുവിനെ നമ്മളുടെ സ്വരൂപത്തിനെ അറിയണം അല്ലെങ്കിൽ ഭഗവാനെ അറിയണം ഭക്തിമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ അയാൾ പ്രവേശിച്ചു തുടങ്ങുന്നു ആദ്യത്തെ സ്റ്റെപ്പ് വാസ്തവത്തിൽ fastest step is the last step prashasthappu valara pradhanam iyal thirumanikkan ini angidilla annanu vyavasaayatmika e buddhi ennu bhagavan adini geethayilo pariyaa ee buddhi iyalude ullil undayikkaynal iyal sherikku aalu maari ee buddhi varanathinu munpu ayalu yoga classinu poyalum bhagavatham muluvan baihartu padichalum ഭഗവത്ഗീത മുഴുവൻ ബൈഹാർട്ട് പഠിച്ചാലും അയാൾ വെറും യന്ത്രം ശബ്ദം കൊൾ യന്തിരം എന്ന് രമണ മഹർഷി അടുത്ത് പറഞ്ഞു വെറും ടേബിൾ കോർഡറാണെന്നാണ് യോഗാ ക്ലാസിനൊക്കെ പോവാം അയാൾ സർക്കസുകാരനായിട്ട് എത്തും കാരണം അയാളുടെ ഉള്ളില് ഈ നിശ്ചയം വന്നിട്ടില്ല ഈ നിശ്ചയം വരുന്നവൻ വന്നവനും വരാത്തവനും മാത്രമേ ലോകത്തിൽ രണ്ടു കൂട്ടറേ ഉള്ളൂ ഒരു ഭക്തൻ പറഞ്ഞു ലൗകികരായിട്ടുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞു അവരെന്തൊക്കെയോ ഇദ്ദേഹത്തിനെ കളിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളും നിങ്ങളാണ് ഞങ്ങളും ഞങ്ങളാണ് നമ്മൾ തമ്മിൽ ചേരുകയില്ല എന്ന് അർത്ഥകാമപരായൂയം നാരായണപരാവയം തസ്മാർവേഷു കാലേഷു യൂയം യൂയം വയം വയം അർത്ഥകാമപരായൂയം നിങ്ങൾക്ക് പണവും നിങ്ങളുടെ ആഗ്രഹം സാധിക്കലും സക്സസ്സും വാനിറ്റിയും ഒക്കെയാണ് നിങ്ങൾക്ക് പ്രധാനം നാരായണപരാവയം ഞങ്ങൾക്ക് ഭഗവാനാണ് മുഖ്യം ഭഗവാൻ അല്ലാതെ വരൊന്നുമില്ല തസ്മാത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും കണക്കിലും വ്യവഹാരത്തിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി വേറെയാണ് യൂ എം വയം വയം ഈ നിശ്ചയം എന്ന ആള് പരിപൂർണ്ണമായി ഈ നിശ്ചയത്തിന് പേരാണ് ദീക്ഷ അല്ലാതെ ഒരു മന്ത്രം ഉപദേശിച്ചതുകൊണ്ട് ദീക്ഷയാവില്ല ഒരു യോഗാഭ്യാസം കൊണ്ട് ദീക്ഷയാവില്ല ഒരു ബ്രാഹ്മണക്കുട്ടിക്ക് യജ്ഞോപവീത ധാരണമെന്ന് പറയണത് വാസ്തവത്തിൽ ഈ ദീക്ഷ ഈ നിശ്ചയമാണ് യജ്ഞോപവീത ധാരണം അപ്പോഴേ അവൻ ബ്രാഹ്മണ്യത്തിലേക്ക് ഗൌണമസ്യ ബ്രാഹ്മണ്യം എന്ന് ആചാര്യസ്വാമികൾ തന്നെ പറയേണ്ടത് ഈ ബ്രഹ്മജ്ഞാനത്തിന് അയാൾ തയ്യാറാവണം വേറെ അയാളെ ബ്രാഹ്മണ്യം വെറും ഗൗണമാണ് ഈ നിശ്ചയമാണ് ഒരാളെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി തീർക്കുന്നത് ആ നിശ് നോക്കണം നമ്മളൊക്കെ തന്നെ ക്രതുമയന്മാരായ പുരുഷന്മാരാണ് ഞാൻ പറയണ വാക്കുകളൊക്കെ വളരെ സൂക്ഷ്മമാണ് ഇത് പ്രസംഗമല്ല നമ്മൾ വിചാരിക്കണോ നമുക്ക് എന്തൊക്കെയോ ചെയ്തിട്ട് മാറ്റം വരാനുണ്ട് അതൊന്നുമില്ല നമ്മളുടെ ശരീരം മനസ്സുകൊണ്ട് ഉണ്ടായതാണ് ശരീരത്തില എല്ലാ അംഗങ്ങളും മനസ്സിൽ ഗുപ്തമായിട്ടുണ്ട് മനസ്സാവട്ടെ ബുദ്ധിയിലുള്ള ഏതോ ഒരു നിശ്ചയത്തിൻ്റെ വിരിഞ്ഞ രൂപം മാത്രമാണ് ആ നിശ്ചയം മാറിക്കഴിഞ്ഞാൽ മനസ്സിന്റെ വിഭാവനകളും ഭാ ഭാവനകളൊക്കെ മാറും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരാള് കായികറിക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കായികറിക്കച്ചവടമാണ് എന്റെ ജീവിതമെന്ന് തീരുമാനിച്ച നിരന്തരം കായികറിയെക്കുറിച്ചും അതിന്റെ വിലയെക്കുറിച്ചും ഏറ്റ അറക്കത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അയാള് പെട്ടെന്ന് കച്ചവടം മാറ്റി തുണി കച്ചവടം ആക്കിയാൽ പിന്നെ കായികയെക്കുറിച്ച് ചിന്തയുണ്ടാവില്ല തുണിയെക്കുറിച്ചാവും ചിന്ത എന്താന്ന് വെച്ചാൽ എന്ത് നിശ്ചയിക്കണോ ഉള്ളില് അതിനനുസരിച്ച് മനസ്സെന്ന് പറയുന്ന ശക്തി ഭാവന ചെയ്തു തുടങ്ങും അതേപോലെ പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിശ്ചയം അപ്പോൾ ഈ പാരമാർത്ഥികമായ നിശ്ചയം ഉണ്ടല്ലോ ഒരിക്കൽ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കിയൊക്കെ ജോലി കല്യാണം കഴിക്കലോ കുട്ടികൾ ഉണ്ടാവലൊക്കെ നിശ്ചയിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ പാരമാർത്ഥികമായ നിശ്ചയം എനിക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് സാക്ഷാത്കാരം നേടണം ഈ ശരീരം വീണുപോകുന്നതിന് മുമ്പ് ഭഗവത് സാക്ഷാത്കാരം നേടണമെന്നൊരാൾ തീരുമാനിക്കുക ആ തീരുമാനമുണ്ടല്ലോ അലൗകികമായ അധ്യവസായമാണ് അലൗകികമായ നിശ്ചയമാണ് ആ കൺവിഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഡിസിഷൻ ൂഷൻ ആ നിശ്ചയം ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതത്തിൽ ബേസിക് മെറ്റീരിയൽ മാറിക്കഴിയുന്നു ഇയാളുടെ ഓരോ കോശത്തിലും ഈ നിശ്ചയത്തിൻ്റെ ജ്യൂസ് പരക്കും കുറച്ചു കാലത്ത് ഇയാൾ പഴയ ആളായിട്ട് തന്നെ ജീവിക്കുമെങ്കിലും പതുക്കെ പതുക്കെ പതുക്കെ ഈ നിശ്ചയം ഇയാളുടെ എല്ലാ വ്യവഹാര മണ്ഡലങ്ങളെയും പിടിച്ചു ആ നിശ്ചയം ചെയ്ത ആളാണ് വേദാന്ത ശ്രവണത്തിന് അധികാരി വിഷയമാവട്ടെ പരമാർത്ഥവിദ്യ സംബന്ധമോ അഭേദ സംബന്ധം നമ്മൾ നമ്മളെ തന്നെയാണ് അറിയാൻ പോണത് പ്രയോജനമോ അജ്ഞാന നിവൃത്തി കൊണ്ട് പരമമായ സുഖം ആനന്ദം ശാന്തി മരണമില്ലായ്മയുടെ നിശ്ചയം വളരെ അപൂർവമാണ് ഈ നിശ്ചയം ഈ ആനന്ദത്തിന് അളവേയില്ല ഈ ആനന്ദം നിങ്ങൾ സാധന ചെയ്യുന്നത് കൊണ്ടോ മനസ്സുകൊണ്ടോ ക്രിയകൾ കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഈ ആനന്ദത്തിന് ഒരു അതിരില്ല അതാണ് അതിവേലം എന്ന് ആധാര്യസ്വാമികൾ പറഞ്ഞു അതിവേലം ഒരു അതിർ വരമ്പൊന്നുമില്ലാത്ത ആനന്ദം ഇടതിടവില്ലാത്ത ആനന്ദം വിഛിത്തിയില്ലാത്ത ആനന്ദം നിർവൃത്തി എന്ന് അതുകൊണ്ട് അതിന് പറഞ്ഞു ആ നിർവൃത്തി ആ നിർവൃത്തി ഇത്രയൊക്കെ നിങ്ങളുടെ മുമ്പില് ശാസ്ത്രം ഇതിനെയൊക്കെ പറയാൻ കാരണം ഇത്രയൊക്കെ അനന്ത സ്വരൂപമായ നമ്മളുടെ സ്വാഭാവികമായ ജ്ഞാനസ്ഥിതി ഉണ്ടായിരുന്നിട്ട് അതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഭിക്ഷ എടുത്തോണ്ട് ലോകത്തിൽ ജീവിക്കരുത് എന്ന് പറയാനാണ് ശൃണവന്തു വിശ്വേ അമൃത പുത്രാഹ ആയേ ധാമാനി ദിവ്യസ്തു വേദാഹം ഏതം പുരുഷം മഹാന്ം ആദിത്യവർണം തമസ പരസ്താത് എല്ലാരും ലോകത്തിലുള്ളവരൊക്കെ കേൾക്കുമെന്നാണ് ശൃണ്വന്തു വിശ്വേ അമൃത പുത്രാഹ എന്നുവെച്ചാൽ നിങ്ങളൊക്കെ തന്നെ അമൃതസ്വരൂപികളാണ് അമൃത അമൃതസ്വരൂപികളാണ് ആനന്ദസ്വരൂപികളാണ് നിങ്ങൾ മാത്രമല്ല ദേവലോകത്തിലിരിക്കുന്നവരും കേൾക്കട്ടെ എന്നാണ് ആ ഏ ദാമാനി ദിവ്യാനി തസ്തു ആരാ പറയണതെന്ന് വെച്ചാൽ ആത്മജ്ഞാനം നേടിയ ഒരു ഋഷി പറയാണ് വേദാഹം ഏതം പുരുഷം മഹാന്തം ഈ പരമപുരുഷനെ അന്തര്യാമിയായ ഭഗവാനെ ഞാൻ അറിയണു ആദിത്യവർണം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു സുവർണ ജ്യോതി യം സൂര്യനെ പോലെ പ്രകാശിക്കണം നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്കൊക്കെ ആനന്ദിക്കാം നിങ്ങൾക്കൊക്കെ ഈ സത്യം കിട്ടും എല്ലാവരും വരും ഋഷികൾക്കൊക്കെ അല്പം അവസാനം നിൽക്കണ ഒരു മോഹമാണ് എല്ലാവർക്കും ഇത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം അവർക്ക് തന്നെ അവസാനം അറിയാതെ സാധ്യമല്ല എന്ന് ജ്ഞാനികളായിട്ടുള്ളവർക്കൊക്കെ ഒരു കൊതി എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഇതുപോലെ ആവണം യാൻ പെറ്റ ഇൻപം പെരുകയും വയ്യകം എന്നൊരു ഭക്തൻ പാടി ഞാൻ എനിക്കൊരു ആനന്ദം കിട്ടി ഈ ആനന്ദം എല്ലാവർക്കും കിട്ടട്ടെ അവസാനം ഒരു മനസ്സിലാക്കും വേണ്ടവർക്ക് കിട്ടുള്ളൂന്നറിയാം അവര് കൊടുക്കണം എന്ന് പറഞ്ഞ് പോയാൽ എല്ലാരും സ്വീകരിക്കില്ലേ അവർ കുരിശില് കയറ്റും അല്ലേ എന്തെങ്കിലുമൊക്കെ വിധത്തില് ലോകം ഉപദ്രവിക്കും നമ്മളുടെ നാട്ടിൽ കുരിശിലൊന്നും കയറ്റില്ല പക്ഷെ ആരാധിച്ച് പൂജിച്ച് നിങ്ങളൊരു അവതാര പുരുഷൻ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും ഞങ്ങളിവിടെ തന്നെ ഇരിക്കാന്ന് പറയും അടുത്തൊന്നും വരതെന്ന് ഒരു പണ്ട് മൗണ്ടൻ പാത്തിലെ ഒരു സെൻസ്റ്റ് അനക്ഡോട്ട് ഒരു ചെറിയ കഥ വന്നിരുന്നു ഒരു ഒരു കഥ അതില് ഈ ചാത്താൻ ചാത്താന് പണി എന്താ ലോകത്തിലുള്ള ആളുകളെ ആസുരി മാർഗത്തിലേക്ക് നയിക്കാം നമുക്ക് ഈ അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗമാണ് അപ്പോ ചാത്താൻമാര് നിരന്തരം അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആരെങ്കിലുമൊക്കെ ദൈവമാർഗത്തിൽ പോകുമ്പോ ഭഗവത്ഗീത യജ്ഞത്തിലേക്ക് പോകുമ്പോ പുതിയ സിനിമയുടെ വാൾപൂസ്റ്റ് കാണും അപ്പം നാളെ ഉണ്ടല്ലോ ഗീത ഇന്നിപ്പോ അവിടെ പോവാലോ എന്ന് തോന്നും അല്ലെങ്കിൽ വീട്ടില് ടി എന്തെങ്കിലും പുതിയതായിട്ട് കാണും അവിടെ ഇരിക്കും അതൊക്കെ സാത്താന്റെ പണിയാണെന്നാണ് അവർ പറയണത് അതിന് ആളുണ്ടത്ര ഒക്കെ അല്ലെങ്കിൽ അത്രയും ദിവസം വരാത്ത ആരെങ്കിലും ഒക്കെ അതിഥി വീട്ടിൽ വരും എങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞ് ആളുകളെ ഈ മാർഗത്തിലേക്ക് പോവാതാക്കാൻ സാത്താൻ എല്ലാ പണിയും ചെയ്യുന്നതാണ് ൊ ലോകത്തിലെ ഭൂമിയിലെ ഒരു ആള് ജ്ഞാനം നേടി ആത്മജ്ഞാനിയായി വലിയൊരു സെലിബ്രേഷൻ ആണത് എന്നുവെച്ചാൽ ഒരു ജ്ഞാനി ഉണ്ടായിക്കഴിയുമ്പോ തത്വജ്ഞാനി ഉണ്ടാവുമ്പോ പ്രകൃതി മുഴുവൻ ആനന്ദിക്കും കാരണം പ്രകൃതിയുടെ തന്നെ അന്തരാത്മാവനെയാണവൻ തുടരുന്നത് എല്ലാവർക്കും അതുകൊണ്ട് പരമക്ഷേമം ഉണ്ടാവും പരമമംഗളുണ്ടാവും നമ്മൾ ഒരു സോഷ്യൽ സർവീസ് ഒരു മണ്ണാങ്കട്ടിയും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് നമ്മളെ അറിഞ്ഞാൽ മതി ഉന്ന ഇനി അറിതുകൊണ്ടാൽ ഉനക്കുവോർ കേടുമില്ലേ നമ്മൾ നമ്മളുടെ സ്വരൂപത്തിനെ അറിഞ്ഞാൽ ജ്ഞാനിയായ ഒരാൾ ചുമ്മാ ഇരുന്നാ മതി ലോകത്തിന് പരമക്ഷേമ ഉണ്ടാവും അല്ലാതെ നന്മ ചെയ്യാൻ ലോകത്തിൽ പോയാൽ പൂർണമായും നന്മ ചെയ്യാൻ ആർക്കും സാധ്യമല്ല എല്ലാ നന്മകളുടെ പുറകിലും തിന്മയുണ്ട് നമ്മള് കുറെ കഴിയുമ്പോൾ നമ്മളത് മനസ്സിലാക്കും നന്മ എന്ന് പറഞ്ഞതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഒക്കെ തിന്മയുണ്ടാവും നന്മ മാത്രമായിട്ട് ആർക്കും ലോകത്തിൽ ചെയ്യാനേ സാധ്യമല്ല അതുകൊണ്ട് ഏറ്റവും വലിയ സംഭവം എന്ന് പറയണത് ഒരാള് സ്വരൂപജ്ഞാന നിഷ്ഠന അവിടത്താണ് അങ്ങനെ ഒരാള് പൂർണ്ണമായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോ ഒരു കുട്ടിച്ചാത്താൻ വലിയ ചാത്താനെടുത്തുപോയി പറഞ്ഞു നീ എന്താ ഇങ്ങനെ പണിയെടുക്കാതെ മിണ്ടാതിരിക്കണത് അവിടെ നോക്കൂ അയാളിതാ ഒരു ആലമരത്തിന്റെ ബോധ്യവൃക്ഷത്തിന്റെ ചോട്ടിലിരുന്ന് കുറെ ആളുകൾക്ക് ഉപദേശിക്കണം ഇത്ര ആളുകൾ പോയി കേൾക്കണു ഇവരൊക്കെ ജ്ഞാനികളായി കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം എന്താവും നമ്മളുടെ കച്ചവടം മുടങ്ങില്ലേ അതുകൊണ്ട് ഇപ്പൊ തന്നെ വല്ലതും ചെയ്യണം എത്ര ആളുകൾ അയാളുടെ പ്രസംഗം കേൾക്കാൻ പോണതെ നോക്കൂന്ന് തോന്നുന്നു അപ്പോ വലിയ ചാത്താൻ പറഞ്ഞു നീ അവിടെ ഇരിക്ക നീ ഇപ്പൊ തൊഴിലിന് വന്നിട്ടേ ഉള്ളൂ ഞാൻ എത്ര കാലായിട്ട് പണിയെടുക്കണു എനിക്കറിയാം എന്തറിയാൻ നോക്കൂ എത്ര ആളുകളാ പോയി കേൾക്കണത് അപ്പൊ ആ സാത്താൻ പറഞ്ഞു ടോ ആ പ്രസംഗിക്കുന്ന ആളുടെ ചുറ്റും കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് നോക്കൂ അവരൊക്കെ ആരാ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഏയ് അവരൊക്കെ ഞാൻ ഏർപ്പാടാക്കിയ ആളുകളാണ് ഇനി അദ്ദേഹം പറയണതൊന്നും നേരെ ശിഷ്യന്മാരെ അടുത്ത് ഇവരാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുക അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട ഒന്നു നേരെ ചൊവ്വയെത്തില്ല ഏറ്റവും വലിയ ഒരു ഇൻസിഡന്റ് ആണ് ലോകത്തിലെ ഈ ജ്ഞാനനിഷ്ഠ ഉണ്ടാവുക അതിനെ കേൾക്കുക എന്നുള്ളത് ശ്രവണം പ്രയോജനം പ്രയോജനം എന്താന്ന് വെച്ചാൽ പരമമായ നിർവൃത്തി നിർവൃത്തിക്ക് ശ്രവണം ഭാഗവതം മുഴുവൻ അതുകൊണ്ടാണ് നമ്മൾ ശ്രവണം ശ്രവണം ശ്രവണം എന്ന് പറയണം കേൾക്ക കേൾക്കുന്നത് കൊണ്ട് പ്രയോജനം കേൾക്കുന്നത് പ്രയോജനമാണ് നമ്മുടെ ഇവിടെ വളരെ അപൂർവമായ ഒരു വസ്തുവാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെയാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നേടിയെടുക്കാനില്ല പ്രാപിക്കാനില്ല സംസ്കരിക്കാനില്ല ഒന്നും ആയിത്തീരാനില്ല ഉള്ളതിനെ പ്രകാശിപ്പിക്കലും മാത്രമാണ് സത്സംഗത്തിന്റെ പ്രയോജനം അതുകൊണ്ട് തന്നെയാണ് സത്സംഗം എല്ലാറ്റിനെക്കാളും വലുത് എന്ന് പറഞ്ഞത് മരിക്കാൻ പോകുന്ന പരീക്ഷത്തിന് ഏഴു ദിവസം ഭാഗവതം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ഉണ്ടാവും ഒരു യുക്തിവാദിയായ ഒരാൾക്ക് ചോദിക്കാം പരീക്ഷത്തിന് വലുതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ശരി അയാൾ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ മാത്രല്ല ഏഴു ദിവസം ആയുസ് ഉള്ള ഒരാൾക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റോ യോഗസാധന ചെയ്യാൻ പറ്റോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അയാൾക്ക് ഏഴ് ദിവസം പറഞ്ഞു കൊടുത്ത് ഏഴാമത്തെ ദിവസം അയാൾ പറഞ്ഞു ഞാൻ സിദ്ധനായിരിക്കുന്നു അനുഗ്രഹീതനായിരിക്കുന്നു ശ്രവണം നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ അജ്ഞാന നിരാകരണം മാത്രം ബ്രഹ്മണി കാര്യം ബ്രഹ്മജ്ഞാനേ യത്ന ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറയുന്നുണ്ട് അജ്ഞാനം അങ്ങനെ നീക്കാനേ ഉള്ളൂ നമ്മളറിയും നമ്മളുടെ സ്വരൂപം എന്താണെന്ന് നമ്മൾക്ക് ഒന്നിൻ്റെയും കുറവില്ല കുറവുണ്ട് എന്നുള്ള അജ്ഞാനം മാത്രമേ ഉള്ളൂ ഒരു കുറവ് ആ കുറവ് നികത്താനാണ് നമ്മൾക്ക് ലോകത്തിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയാം നമ്മളെ കുറിച്ചൊട്ട് നിശ്ചയില്ല വെളിയിലുള്ള വിഷയങ്ങളൊക്കെ അറിയാനും ശ്രദ്ധിക്കാനും ഉള്ള ഔത്സുഖ്യം ജിജ്ഞാസ ഉണ്ട് ചികിത്സയുണ്ട് തൃഷ്ണ ഉണ്ട് സ്വയം തന്നിലേക്ക് തിരിയാനുള്ള ജിജ്ഞാസ ഉണ്ടായിക്കഴിയുമ്പോ നമ്മൾ അധികാരികളാവുകയാണ് അപ്പോഴാണ് ശാസ്ത്രം പതുക്കെ ചോദിക്കണത് നീ ആരാണ് എനക്ക് നീ പലതും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ നീ ആരാണ് ഈശ്വരനെ അന്വേഷിക്കണത് നീ ആരാ എനിക്ക് ബന്ധമുണ്ട് ദുഃഖമുണ്ട് സംസാരമുണ്ട് അജ്ഞാനുണ്ട് എന്നൊക്കെ പറയണല്ലോ നീ ആരാ സംസാരിയായി നീ ആരാണ് അജ്ഞാനിയായി നീ ആരാൻ അവനീതത്തിലെ ആദ്യത്തെ പാട്ട് ഏറ്റവും വളരെ അത്ഭുതമാണ് ഉൻ ഉന്നയിനീ അറിന്തു കൊണ്ടാൽ ഉന്നയിനീ തെരിന്തായ അഹിൽ ഉനക്ക് ഓർ കേടുമില്ലേ നീ നിന്നെ അറിഞ്ഞാൽ നിന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ അറിവ് എന്നുള്ളത് ഫലവത്താവണത് വേദാന്തത്തിൽ മാത്രമാണ് ലൗകികമായ അറിവൊക്കെ തന്നെ ഭാരമാണ് കാരണം അറിയണതിന് നമുക്കൊരു അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആരാണ് പ്രസിഡന്റ് ആരാണ് അമേരിക്കയിലെ പ്രൈം മിനിസ്റ്റർ ആരാണ് പ്രസിഡന്റ് ആരാണ് ഭൂമി വട്ടത്തിലാണോ നീളത്തിലാണോ എത്ര ഗ്രഹങ്ങളുണ്ട് ഇപ്പൊ പുതിയതായിട്ട് ഗ്രഹം എന്തോ വന്നിരിക്കണോ ഇതൊന്നും അറിഞ്ഞിട്ട് നമുക്കൊരു കാര്യവുമില്ല വൈകുണ്ഠം കൈലാസം മുതലായിട്ടുള്ളതൊക്കെ അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല സ്വർഗാദി ലോകങ്ങളുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഒരു കാര്യമില്ല വേദ വേദത്തിൽ എത്ര മന്ത്രണ്ട് എന്തൊക്കെ മന്ത്രണ്ട് യാഗയജ്ഞ എങ്ങനെ ഒക്കെ അറിഞ്ഞാലും ആ അറിവ് ഒരു വശത്തും നമ്മളൊരു വശത്തും നിൽക്കും പക്ഷെ ഇപ്പൊ പറയാൻ പോണ ഈ അറിവ് ഈ ആത്മവിദ്യ അറിവ് ഒരു വശത്തും നമ്മൾ ഒരു വശത്തും നിൽക്കില്ല നമ്മൾ തന്നെ അറിവായിട്ട് തീരും അതാണ് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹാൻ സോ ഒ സർവാൻ കാ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹാൻ അവനവന്റെ സ്വരൂപത്തിനെ അറിഞ്ഞാൽ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോ പരിപൂർണമായ നിർവൃത്തിയുണ്ടാവും എന്ന് ആദ്യം നമ്മൾക്ക് ഒരു ലക്ഷ്യത്തിനെ കാണിച്ചു തരാം ആനന്ദം പറയുമ്പോഴാണല്ലോ നമുക്കൊരു ഉത്സാഹം നമ്മൾ വിചാരിക്കുന്നത് സിനിമ കണ്ടാലാണ് ആനന്ദം ഡാൻസ് കളിച്ചാലാണ് ആനന്ദം പാട്ടുപാടിയാലാണ് ആനന്ദം എന്തിനൊക്കെയോ ആനന്ദ ഉണ്ടെന്ന് വിചാരിക്കണം അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല്ലയെന്ന് അറിയും അതാണ് മരുപരീക്ഷിക്കാന്ന് പറഞ്ഞു ദൂരത്ത് നോക്കുമ്പോൾ വെള്ളം കാണും അടുത്തു പോകുമ്പോൾ വെള്ളമില്ല മരുഭൂമിയില്ല ഇപ്പൊ പറയണു ആനന്ദം നീ തന്നെയാണ് തത് ത്വം അസി ആനന്ദം നിന്റെ സ്വരൂപമാണ് സ്വഭാവമാണ് പക്ഷെ ആ ആനന്ദത്തിനെ അറിയാൻ നിന്നെ യഥാർത്ഥത്തിൽ നിനക്കറിയണം അതിപ്പോ നിങ്ങള് കേൾക്കണു കേട്ട് ഏകാന്തമായിരുന്ന് വിചാരം ചെയ്യണം ശരീരം ഞാനല്ല അക്ഷരം ആണ് ഇതൊക്കെ ഭഗവത്ഗീതയിൽ മുമ്പിലുള്ള അധ്യായത്തിൽ ക്ഷരം അക്ഷരം പുരുഷോത്തമൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ക്ഷരപുരുഷൻ അക്ഷരപുരുഷൻ പുരുഷോത്തമൻ എന്നൊക്കെ ഭഗവാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു പതിനാറാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ അല്പം വിചാരം ചെയ്യാണ് നമ്മളുടെ ഉണ്മയായ സ്വരൂപത്തിനെ നമ്മൾ വിചാരിക്കണ പോലെ നമ്മൾ ഈ അല്പമായ വ്യക്തിയല്ല ഇത് പറയാനാണ് സത്സംഗം നമ്മൾ ഈ അല്പമായ ശരീരമല്ല പുരുഷനോ സ്ത്രീയോ അല്ല സുഖവും ദുഃഖവും അനുഭവിക്കുന്ന ക്ഷുദ്രമായ ഒരു ജീവിയല്ല പിന്നെ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ആത്മാവിനെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എല്ലാവരും സ്വാർത്ഥന്മാരാണ് ആചാര്യസ്വാമികൾ പറയണത് ആത്മാവിനെ അനുഭവിക്കുന്നില്ലെങ്കിൽ സ്വാർത്ഥം എന്നുള്ളൊരു കാര്യമേ ഉണ്ടാവില്ല എന്നാണ് നമ്മളുടെ സ്വാർത്ഥം തന്നെ ദിവ്യത്വത്തിൻ്റെ കേന്ദ്രമാണ് യതി ആത്മാനുഭൂതിഹീന സാത്ത് സർവാഹാ സ്വാർത്ഥാഹ്യർത്ഥാ പ്രസജ്ജേരൻ ആത്മാനുഭൂതി ഇല്ലെങ്കിൽ നമ്മൾ സ്വാ നമ്മളുടെ അസ്വാർത്ഥത ഉണ്ടല്ലോ അതൊന്ന് ശ്രദ്ധിക്കൂ ഇവിടെ ഭഗവത്ഗീത കഴിഞ്ഞു പോകുമ്പോ ആളുകൾക്ക് നെയ്യപ്പം ഉണ്ണിയപ്പം കൊടുക്കണമെങ്കിൽ ആദ്യം പോയി നിൽക്കാനുള്ള അങ്ങനെ ആ ശരീരം തള്ളണുണ്ടല്ലോ ഒന്ന് ശ്രദ്ധിക്കൂ ആ ഫോഴ്സ് അതെ ഒരു ശരീരമണ്ഡലത്തിലെ സ്വാർത്ഥതയാണെങ്കിലും ആ ഫോഴ്സിനെ ആർക്കും വേണ്ട വയ്ക്കാൻ പറ്റില്ല എത്ര തന്നെ നിങ്ങൾ അമർത്തിപ്പിടിച്ചോളൂ അമർത്തിപ്പിടിക്കൂ ചിലർ പറയും ഞങ്ങൾ ക്യൂവിൽ മുമ്പിലും തള്ളില്ല ബാക്കിൽ നിൽക്കാം എന്ന് പറയും ബാക്കിൽ നിന്നിട്ട് പറയും നോക്ക് കാണിക്കണം നോക്കൂ സ്വാർത്ഥത അപ്പം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഇയാളുടെ സ്വാർത്ഥത ഞാൻ നിസ്വാർത്ഥനാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്നും ഇടപെടുന്നില്ല ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മതി അവരൊക്കെ വാങ്ങിച്ചോട്ടെ അപ്പോഴും തന്നോടൊരു ബഹുമാനവും ഒരു പ്രിയവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പശം പിടിക്കാ നിശ്ചയമായിട്ടും ക്യൂവിൽ മുമ്പിൽ തള്ളി നിൽക്കുന്നതിനേക്കാളും ഇയാൾ മഹാത്മാവാണ് നല്ല ആളാണ് പക്ഷേ അത് കാരണം അയാൾ നിസ്വാർത്ഥനാണെന്ന് പറയാനൊന്നും തയ്യാറല്ല ഞാൻ കാരണം ഈ ഫോഴ്സ് ഈ ശക്തി ഒരാളെ താഴ്ത്തി വയ്ക്കാൻ പറ്റാത്ത ശക്തിയാണ് ആ ശക്തിയെ ആദ്യം അങ്ങോട്ട് എന്നിട്ട് അതിന്റെ ഉണ്മയായ സ്വരൂപം എന്താണെന്ന് അറിയാം എന്തിനാണ് ഈ ശക്തി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉത്കടമായി ഇത് തന്നെ അവസാനം നമ്മൾ മുക്തരാക്കാൻ പോണതും ഈ ശക്തി ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഈ എന്നോട് തന്നെ എനിക്കുള്ള അനൽപമായ പ്രിയം പ്രേമം എന്തൊക്കെ തന്നെ ബാക്കിയുള്ളവരോട് പ്രിയം എന്ന് പറഞ്ഞാലും ആ പ്രിയം അവസാനം എന്നോട് തന്നെയാണ് എന്റെ രാജ്യത്തിനോടുള്ള പ്രിയം എന്തുകൊണ്ട് ഞാനിവിടെ ജനിച്ചതുകൊണ്ട് എന്റെ മതത്തിനോട് പ്രിയം ഞാൻ ഈ മതത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാ പ്രിയത്തിന് പുറകിലും നോക്കിയാൽ ശ്രദ്ധിച്ചാൽ ഈ അഹം എന്നുള്ള കേന്ദ്രത്തിനെ വിട്ട് നമുക്ക് ഒരിടത്തും ചാടാൻ പറ്റില്ല ആ കേന്ദ്രത്തിന്റെ സ്വരൂപം എന്താണ് അറിഞ്ഞുകൊള്ളാന്ന് എന്തായി അഹം എന്തായി ഞാൻ എല്ലാ സുഖത്തിന്റെ ഉറവിടമായിട്ടുള്ള ഈ ഞാൻ എന്നുള്ള അനുഭവം ആത്മാനാമ കിതപ്രസിദ്ധ ശങ്കരാചാര്യർ പറഞ്ഞത് ആത്മാവ് ആർക്കും അപ്രസിദ്ധമേ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവരും ആത്മസ്വരൂപികൾ നിങ്ങളൊക്കെ പൂർണ്ണരാണ് നിങ്ങളൊക്കെ ആനന്ദ നിങ്ങളൊക്കെ നിത്യശുദ്ധരാണ് നിങ്ങളൊക്കെ നിത്യമുക്തരാണ് നിങ്ങളൊക്കെ ഉപാധി ദോഷ ഇല്ലാത്തവരാണ് പക്ഷെ എന്തോ വിചിത്രമായ ഭഗവാന്റെ തന്നെ വൈഭവ ശക്തി നാടകം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾക്ക് ഓരോ വേഷം തന്നിട്ട് മനസ്സിലാക്കാൻ സമ്മതിക്കുന്നില്ല യാത്രയുള്ളൂ ചിലർക്കൊക്കെ നാടകം കഴിയാറാവുമ്പോൾ രാമൻകുട്ടി താൻ രാവണ്ണാണെന്ന് കുറച്ച് വിചാരിച്ച് അത് സൂക്കേടായി പോയപ്പോൾ അയാളുടെ അടുത്ത് പറയുകയാണ് നീ വേഷം മാറ്റി വെക്കുമോ എന്നാണ് കുറേ വേഷം കഴിഞ്ഞാൽ വേഷത്തിനോട് താതാത്മ്യം തോന്നും അപ്പോഴാണ് വന്ന് പറഞ്ഞത് ഈ വേഷമൊക്കെ അയച്ചു ഒരു പക്ഷെ നമ്മളൊക്കെ നാടകം കഴിയാനായവരാണ് നാടകം അവസാനിക്കാനായതാണ് നമ്മളിപ്പോൾ റോള് അഴിച്ച് വേഷം അയച്ച് വെച്ച് പുറത്തു വരേണ്ടവരാണ് സ്വാഭാവികമായ നമ്മളുടെ സ്ഥിതി ഇതൊന്നുമല്ല ഈ ഞാൻ എന്താണ് ഞാൻ ആരാണ് ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല എന്ന് അറിഞ്ഞ് നമ്മളുടെ സ്വരൂപം നിത്യശുദ്ധമായ ആകാശം പോലെ നിർമ്മലമായ ഒരു ഉപാധിദോഷവും ഇല്ലാത്തതായ ആനന്ദമാത്ര സ്വരൂപമായതാണ് എന്നുള്ള ജ്ഞാനമാണ് ഗീതാശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ഉപനിഷത്തുകളുടെ ലക്ഷ്യം വേദത്തിൻ്റെ ലക്ഷ്യം അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എത്തിക്കഴിയാന്ന് വെച്ചാൽ എത്താനുള്ളതല്ല ആവരണം നീങ്ങി അതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ജീവിതം ധന്യവും പൂർണ്ണവും ഒക്കെ ഇതാണ് പ്രയോജനം എന്ന് പറഞ്ഞത് ഈ പ്രയോജനം പതിനഞ്ചാമത്തെ അധ്യായ പര്യന്തം ഭഗവാൻ ഗീതയിൽ വിസ്തരിച്ച് പറഞ്ഞു വിസ്തരിച്ച് പറഞ്ഞു പതിനഞ്ചാമത്തെ അധ്യായത്തിന് ശാസ്ത്രം എന്നാണ് പേര് ഇതം ഗുഹ്യതമം ശാസ്ത്രം ഇമം ഗുഹ്യതമം ശാസ്ത്രം ഇതം ഉക്തം മയാനഘ ഗുഹ്യതമം രഹസ്യമായ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞു ആ അധ്യായം അറിഞ്ഞു കഴിഞ്ഞാൽ വേദം അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് സാധാരണ ഊണ് കഴിക്കുമ്പോഴൊക്കെ ഈ അധ്യായം ചൊല്ലും പതിനഞ്ചാമത്തെ അധ്യായം എന്താന്ന് വെച്ചാൽ അഹം വൈശ്വാന രൂപുത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തോ പശാമ്യന്നം ചതുർവിധം എന്ന ശ്ലോകം അധ്യായത്തിൽ വരുന്നുണ്ട് ശരീരത്തിനെയും മനസ്സിനെയും നമ്മളുടെ സ്വരൂപത്തിനെയും സമഗ്രമായിട്ട് ബോധിപ്പിക്കുന്ന ശാസ്ത്രമാണ് വേദം സ്വരൂപത്തിനെ മാത്രം അറിയണത് ജ്ഞാനശാസ്ത്രമാണ് ശരീരത്തിൽ സ്വരൂപത്തിന്റെ പ്രകാശത്തിനെ അറിയുന്നതിന് പേരാണ് വേദം അതിനെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പ്രകാശിപ്പിച്ചു സമഗ്രമായ ജ്ഞാനത്തിനെ ഈശ്വര തത്വത്തിനെ ജീവൻ എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്നും അന്യമല്ല ജീവനും ഈശ്വരനും വേഷത്തിലെ വ്യത്യാസമുള്ളൂ വസ്തു ഒന്നാണ് എന്ന് അറിയണ ജ്ഞാനം ഈ അധ്യായത്തിൽ ബോധിപ്പിച്ചു എന്നിട്ടാണ് പതിനാറാമത്തെ അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്ന അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണത് ഒമ്പതാമത്തെ അധ്യായത്തില് മോഘാശാ മോഘകർമാണ മോഘജ്ഞാന വിജയത സഹ രാക്ഷസിയും ആസുരിയും ചെയ്യ പ്രകൃതിയും മോഹിനിയും ശ്രിതാഹ എന്ന് ഭഗവാൻ സൂചിപ്പിച്ചു ഈ അധ്യായത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോ രാക്ഷസൻ അസുരൻ എന്നൊക്കെ ധാരാളം പദം കേട്ടിട്ടുണ്ടാവും അതൊക്കെ ഇപ്പോ ടിവിയും ഒക്കെ കൂടെ വന്നപ്പോ രാക്ഷസൻ എന്നു വെച്ചാൽ നല്ല തടിമാടനായ ഒരാൾക്ക് തലയിൽ കൊമ്പും ഒക്കെ വെച്ചു കൊടുത്താൽ രാക്ഷസനായി അസുരനായി ഭയങ്കര രൂപത്തോടുകൂടെ ഇങ്ങനെയൊക്കെ പിക്ചേഴ്സ് ആളുകളുടെ ഉള്ളിലൊക്കെ ആക്ട്രസൻ അസുരനും ചില ആക്ട്രസന്മാരും അസുരന്മാരും ഒക്കെ നല്ല സുന്ദരന്മാരാണ് രാവണനൊക്കെ തന്നെ നല്ല തേജസ്വിയായിരുന്നു ആൽമീകി രാമായണത്തിൽ ആഞ്ജനേയസ്വാമി തന്നെ കണ്ട് പറഞ്ഞു പറയുന്നു അഹോ തേജ അഹോ പ്രാഗൽഭ്യം സർവലക്ഷണലക്ഷിതാണ് അഹോ രാക്ഷസരാജസ് സർവലക്ഷണലക്ഷിതാണ് ഹനുമാൻ പറയണതാണ് ഹനുമാനെ പോലെ ഈ കാര്യങ്ങൾ നിശ്ചയിക്കാൻ ശക്തിയുള്ള സർവശാസ്ത്ര ഉത്പന്നനായിട്ടുള്ള ഒരാൾ വേറെ ആരുമില്ല ആ ഹനുമാനാണ് പറയണത് രാവണനെ കണ്ടിട്ട് അഹോ രാക്ഷസരാജസ് ആ വളരെ സുന്ദരമായ ഭാഗം സുന്ദരകാണ്ഡം എന്ന് പറയുന്നത് രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ കാണ്ടാണ് അതിൽ ഹനുമാനെ കെട്ടി വരിഞ്ഞുകൊണ്ട് രാവണന്റെ സഭയിലേക്ക് വലിച്ചുകൊണ്ട് വരികയാണ് രാവണൻ അപ്പപ്പോ റിപ്പോർട്ട് കിട്ടി കുരങ്ങുവന്നു പൂന്തോട്ടം തകർത്തു കുരങ്ങു വന്നു തകർത്തു എന്നൊക്കെ പറഞ്ഞപ്പോ രാവണൻ അപ്പ തന്നെ സംശയം രാവണൻ പറയുന്നു വാനരൂയമിതി ശ്രുത്വ നൈവശുദ്ധ്യതിമേ മനഹ ഇത് കുരങ്ങ് കൊരങ്ങെന്ന് പറയണെന്നല്ല ഇങ്ങനെ ഒരു കുരങ്ങ് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ ബാലിയെ കണ്ടിട്ടുണ്ട് ഞാൻ മറ്റു പല വാനരന്മാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു വാനരൻ എന്ന് കേൾക്കുമ്പോ തോന്നണില്ലല്ലോ കെട്ടി വരിഞ്ഞുകൊണ്ട് വരൂ പിന്നെ നമുക്ക് കഥ പോയി ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധിച്ച് കൊണ്ടുവരിക കൊണ്ട് ഹനുമാൻ എങ്ങനെ സഭയിലേക്ക് കയറി വരുമ്പോ ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത് രാവണനാണ് നിങ്ങൾക്ക് വാൽമീകി തന്നെ പറഞ്ഞതാ മറ്റ് രാമായണങ്ങളിലൊക്കെ ആകുമ്പോ കഥകൾ കുറെ ചേർക്കലും മാറ്റലും ഉണ്ട് വാൽമീകി തന്നെ പറയണത് രാവണൻ ഇരിക്കുന്ന സിംഹാസനത്തിന് അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഹനുമാനൊന്നും നോക്കും എന്നിട്ട് പറയും കിമേഷ ഭഗവാൻ നന്ദി ഭവേത് സാക്ഷാതിഹാഗത അവണൻ പറഞ്ഞത് അപ്പൊ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് സാക്ഷാത് നന്ദികേശ്വരനാണല്ലോ ഉള്ളിൽ വരണത് എന്നാണ് അല്ലേ ഭഗവാൻ നന്ദീ ഭവേത് സാക്ഷാദിഹാഗത ഏനശബ്ദോസ്മി കൈലാസേ മയാ പ്രഹസിതേ നന്ദികേശ്വരനാണല്ലോ വരണത് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് രാവണൻ അപ്പോ ആഞ്ജനേയസ്വാമിയെ കണ്ടത് ആദ്യം തോന്നണത്തെ നന്ദികേശ്വരനായിട്ടാണ് രാവണൻ രാവണനെ ഹനുമാൻ ഇതിനു മുമ്പ് തന്നെ കണ്ടു സീതയെ അന്വേഷിച്ച് നടക്കുമ്പോ അന്തഃപുരത്തില് രാവണൻ ഉറങ്ങുന്നത് കണ്ടു കണ്ടപ്പോ തന്നെ പറഞ്ഞു ഓഹോ രാവണൻ എന്ന് വിചാരിച്ചപ്പോ ഞാൻ ഈ ഭയങ്കര കോന്ത്രം വല്ലു ആയിട്ട് ഒരാളായിരിക്കുന്ന വിചാരിച്ചത് എന്തു ലക്ഷണം എന്ത് തേജസ് എന്തൊരു ഗാംഭീര്യം എന്നൊക്കെയാണ് ഹനുമാൻ വർണ്ണിക്കുന്നത് അപ്പോ രാക്ഷസൻ അസുരൻ എന്ന് പറഞ്ഞാൽ രൂപത്തിലൊന്നുമല്ല ചിലപ്പോ വല്ലാത്ത മെടുക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരുമാണവര് സംഗീതത്തിലും രാവണൻ മഹാപ്രഗൽഭനാണെന്നാണോ പറയുക വീണാവാദനത്തിലൊക്കെ രാവണൻ മഹാപ്രഗൽഭനാണെന്നാണ് രാവണക്കെടുത്ത താണ്ഡവസ്ത്രോത്രം എല്ലാവർക്കും ഇഷ്ടമാണ് ശിവതാണ്ഡവസ്ത്രോത്രം ഉം ജട്ടാടവിളഭാവിതേ ഗളേവലം വ്യലംബിതാം ഭുജംഗതുംഗമാലിക്കാം ടമഡമിനാഥമർവയം ചകാരചണ്ടതാണ്ടവം തനോതുന ശിവശിവം കിശോരചന്ദ്രശേഖരേ രതി പ്രതിക്ഷണം മമ ഓരോ ക്ഷണവും ആ കിശോരചന്ദ്രശേഖരനിൽ എനിക്ക് രതിയാണ് ഭക്തിയാണ് അപ്പൊ രാവണൻ എന്തോ ചെയ്തു സീതയെ അപഹരിച്ചുകൊണ്ടുവന്നു അതിലുപോലും ഒരു സീതയ്യെ വെച്ച് പൂജിക്കുന്ന പോലെ വെച്ചു അവസാനം രാമ രാമന്റെ കൈ കൊണ്ട് മരിച്ചു അത്രേ ഉള്ളൂ അതൊരു ദൂഷ്യവുമല്ല അത് വേറെ ഒരു രക്ഷാണ് അപ്പോ അസുരൻ രാക്ഷസൻ എന്നൊക്കെ നമ്മൾ എളുപ്പത്തിലെ കാറ്റഗറൈസ് ചെയ്യും എല്ലാവരുടെ ഉള്ളിലും കുറെ അസുരനും രാക്ഷസനും ഒക്കെ ഉണ്ടാവും ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടന ദുഷ്ടം അല്ലേ പ്രഹ്ലാദന് സിനിമയൊക്കെ എടുത്താൽ ഹിണ്യകശിപു ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ സാത്വികമായിട്ട് ആരെങ്കിലും സെലക്ട് ചെയ്യുമോ ഭയങ്കരമായിട്ട് ഒരാൾ അല്ലേ അങ്ങനെ ഹിരണ്യകശു ആ ഹിരണ്യകശുവും നോക്കിയാൽ പരമഭക്തനാണ് ഭാഗവതം തന്നെ പറയണത് സദാ സമയം സമാധിസ്ഥിതനായിരുന്നു എന്നാണ് സംരംഭസംബ്രത സമാധി അനുബദ്ധ യോഗവും എപ്പോഴും പുറമേക്ക് അതോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ നമ്മൾ പുറമേ നിന്ന് നോക്കിയിട്ട് ഇവരൊക്കെ മഹാമോശം ഇതൊക്കെ നല്ലവര് രാഷ്ട്രീയക്കാരൊക്കെ മഹാമോശം നമ്മളൊക്കെ വളരെ നല്ലവര് ഏ അല്ലെങ്കിൽ കള്ളന്മാര് ടെററിസ്റ്റൊക്കെ മഹാമോശം നമ്മളൊക്കെ വളരെ നല്ലവരൊക്കെ ഇതൊക്കെ ആപേക്ഷികവുമാണ് ഇതൊക്കെ ആപേക്ഷികമാണ് വ്യവഹാരത്തിനും പക്ഷെ ഈ നിയമങ്ങളൊക്കെ വേണം വ്യവഹാരത്തിന് പോലീസുകാരൻ നല്ലവനും കള്ളൻ ചീത്തയുമാണ് പക്ഷെ പാരമാർത്ഥികതെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കള്ളൻ്റെ ഉള്ളിൽ പോലീസുകാരനെക്കാളും ചിലപ്പോൾ നന്മ അഭിവ്യക്തമാവും ഇവിടെ പൂർണ്ണമായും മോശമായും ദുഷ്ടനായ ഒരാളില്ല നല്ല ആളുമില്ല നന്മയും തിന്മയും ആപേക്ഷികമാണ് ദ്വന്ദ്വമാണ് പ്രകൃതിയുടെ രണ്ട് വശങ്ങളാണ് അത് എല്ലാവരുടെ ഉള്ളിലും കാണും ഇതിന് രണ്ടിനും അപ്പുറം പോയി സ്വരൂപനിഷ്ഠനായ ജ്ഞാനിയും രണ്ടിനും അപ്പുറം പോവാത്ത പ്രാകൃത മനുഷ്യനും എന്നുള്ള രണ്ട് കാറ്റഗറിയുള്ളൂ രണ്ടിന് ഏതെങ്കിലും ഒന്നും മാത്രമായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല ഒന്നും മാത്രമായിട്ട് ഒരാൾക്കും ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന സാക്ഷാത് നാരായണൻ കിടന്നുറങ്ങുമ്പോ ആ നാരായണന്റെ ചെവിയിലുള്ള മലം ആണ് മധു പുറത്തു വന്നത് എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൽ നിന്നു പോലും അസുരന്മാരുണ്ടാവുകയാണ് അപ്പോ നിങ്ങളുടെ അടുത്തു എന്റെ അടുത്തു നിന്നൊക്കെ അസുരീവാസനം പൊന്തുമ്പോൾ ആശ്ചര്യപ്പെടുന്ന വേണ്ട ഒരാളെ ആസുരിവാസന ഉള്ളവൻ മാത്രമായിട്ട് കാറ്റഗറൈസ് ചെയ്യാനേ പറ്റില്ല നാരായണന്റെ കർമ്മമലത്തിൽ നിന്നാണ് മധുകേടവന്മാരുണ്ടാവുന്നത് വൈകുണ്ഠത്തിൽ ദ്വാരപാലകന്മാരായിട്ട് നിന്നവരാണ് ഹിരണ്യകശുവും ഹിരണ്യാക്ഷൻ ശരിക്കും എത്ര ഗംഭീരമാവക്കുവാ അല്ലെങ്കിൽ അവരെയും ഒക്കെ ഏതെങ്കിലും രാക്ഷസ ലോകത്തു നിന്ന് വന്നവരായിട്ട് പറയേണ്ടതായിരുന്നില്ലേ അല്ലെ രാക്ഷസന്മാർക്ക് എന്ന് പറഞ്ഞൊരു ലോകം ആ ലോകത്ത് നിന്നാണ് ഹിരണ്യകശുവും രാവണനും ഒക്കെ വന്നത് ഭഗവാൻ വൈകുണ്ടത്തു നിന്ന് വരുന്നു അസുരന്മാരൊക്കെ അസുര ലോകത്തൊന്നും അങ്ങനെ പറഞ്ഞേല ഇന്ദ്രനും മറ്റുമൊക്കെ ഹിരണ്യ കശുവിനെ കണ്ട് കിടുകടാ കാരണം വൈകുണ്ടത്തു നിന്നാണ് വന്നിരിക്കണതേ പത്താം ക്ലാസ് തോറ്റിട്ട് വന്ന ആള് എട്ടാം ക്ലാസ്സുകാരനെ പേടിപ്പിക്കില്ലേ പത്താം ക്ലാസ്സിൽ തോറ്റിട്ടാണ് വന്നതെങ്കിൽ നാലാം ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലേ അപ്പൊ ഇന്ദ്രൻ ചിരണ്യ കശുപുവിനേക്കാളും മേലെയൊന്നുമല്ല അയാൾ വൈകുണ്ഠത്തിൽ ഇത്തിരി മാർഗം കുറഞ്ഞതുകൊണ്ട് ചോട്ടിൽ വന്നതാണ് അപ്പൊ ദൈവം ആസുരം എന്നൊക്കെ നമ്മള് ഇവരൊക്കെ നല്ലവര് ഇവരൊക്കെ ആസ്തികന്മാരോ ഇവരൊക്കെ നാസ്തികന്മാരോ ഒന്നും പറയാൻ പറ്റില്ല പല ആസ്തികന്മാരും തമിഴ്നാട്ടിലൊക്കെ കടവുൾ ഇല്ല എന്ന് പറഞ്ഞ് നടക്കണവരൊക്കെ വീട്ടിൽ ഗംഭീര പൂജയാണ് നടത്തുന്നത് എനിക്കറിയാം അവിടെ പോയി പൂജിച്ചിട്ട് വന്ന ആളുകളൊക്കെ പുറമേക്കൊക്കെ കടവൾ ഇല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകള് അവരെ പോലെ ജോത്സ്യവും രാഹുവും കേതു ഒക്കെ നോക്കിയിട്ട് കാര്യം ചെയ്യണവരാരും ഇല്ല ഒക്കെ പുറമേക്ക് എന്താ സന്യാസികളും ഭക്തന്മാരുമായിട്ട് കുറച്ചുപേര് അഭക്തന്മാരും ഭോഗികളും ലൗകികന്മാരുമായിട്ട് കുറച്ചുപേര് ഇതൊക്കെ പുറമേക്കുള്ള മാത്രമാണ് പാരമാർത്ഥികമായ തത്വം എന്താ ആത്മീവേദം സർവം എല്ലാവരും ആ വസ്തുവാണ് വേഷത്തില് മാനിഫെസ്റ്റേഷനിൽ മാത്രമേ വ്യത്യാസവും മാനിഫെസ്റ്റേഷനിൽ അഭിവ്യഞ്ജനത്തില് ഒരാള് അസുരന്റെ വേഷം കിട്ടി ഒരാള് വേറെ വേഷം കിട്ടി ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തോട് എടുത്ത് പറയേണ്ടത് എല്ലാ വേഷവും എല്ലാവർക്കും ഒരു സമയത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്തിൽ കിട്ടും എന്നാണ് ചിത്രകേതു ഉപാഖ്യാനത്തിൽ ആ വെളിയിൽ പോയ ജീവൻ വന്നിട്ട് പറയാണ് സർവേവ സർവേഷാം സർവം ഭവന്തി ഭവിഷ്യന്തി ഒരാൾ അച്ഛനായിട്ട് ഈ ജന്മത്തില് അടുത്ത ജന്മത്തിലെ മകനായിട്ട് ജനിക്കും ഭർത്താവ് ഭാര്യയാവും ഭാര്യ ഭർത്താവും അസുരൻ ദേവനാവും ദേവൻ അസുരനാവും ഇതൊക്കെ തന്നെ പുറമേക്കുള്ള റോളാണ് ഇപ്പൊ ഇതെന്തിനാപ്പോ പറയണതെന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളെ അസുരൻ എന്ന് കാറ്റഗറൈസ് ചെയ്ത് ദ്വേഷം വേണ്ട പ്രത്യേകിച്ച് ഒരാൾ ദൈവീ സമ്പത്തുള്ളവനാണെന്നുള്ളത് കൊണ്ട് അയാളെ പോലെ ആരും ഇല്ലാന്ന് വിചാരിക്കേണ്ട എല്ലാവരുടെ ഉള്ളിലും ചൈതന്യം അഭിവ്യഞ്ജനത്തിന് തയ്യാറായിട്ട് നിൽക്കണുണ്ട് എല്ലായിടത്തും വിമുക്തി മുക്തി ബീജം എല്ലാവരുടെ ഉള്ളിലും കിടപ്പുണ്ട് ഇതാദ്യം അറിഞ്ഞോളം ദൈവ ആസുര സമ്പദ് വിഭാഗം രാക്ഷസാഹ എന്ന് പറഞ്ഞൊരു പ്രത്യേക കാറ്റഗറികളില്ല ഒരു ചൊല്ലുണ്ട് രാക്ഷസാഹ എന്ന് എഴുതിയിട്ടേ ഇവിടുന്ന് നിങ്ങളേക്ക് ഉറുദു വായിക്കണ പോലെ വായിക്കൂ സാക്ഷരാഹ സാക്ഷര കേരളം സാക്ഷര കേരളം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സാമാന്യ ലക്ഷണമൊക്കെ സാക്ഷരത ഒരു വശത്ത് മറ്റൊരു വശത്ത് ഗോഹത്യ ഉം ഏറ്റവും അധികം അപ്പൊ അമ്മയ്ക്ക് അറിയാം വൃന്ദാവനത്തിൽ പോയിട്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ തലയിൽ മുണ്ടിട്ടിട്ടാണ് നടന്നത് എന്താന്ന് വെച്ച കേരളം കഴിഞ്ഞാ ഗോഹത്യ നടക്കണ സ്ഥലം എന്ന് പറയണം ഏറ്റവും അധികം ഗോഹത്യ സർവത്ര എല്ലാ സ്ഥലത്തു പശുവിനെ ഇങ്ങനെ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ആണ് മദ്യ മദ്യം ചെലവാമിഴ മാക്സിമം നല്ല രസമല്ലേ ഉത്രാടൻ തിരുവോണം ആള് പൂശായിട്ട് ഭൂലോകം തരികിട്ട കൃതാണ് കേരളം ഉം അപ്പോ ആസുരാഹാരാക്ഷസാഹ അസുഷു ഇന്ദ്രിയാർത്ഥേഷു രമന് തേത്തി അസുരാ അസുരന്ന് വെച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം രമിച്ചുകൊണ്ട് ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വ്രതം വെച്ചുകൊണ്ട് ജീവിക്കണവനാണ് അസുരൻ മറ്റുള്ളവരെ ഒരു കാരണവുമില്ലാതെ ദ്രോഹിക്ക എന്നുള്ളത് ഏർപ്പാടാക്കിയവനാണ് രാക്ഷസൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നോക്കൂ നമ്മളുടെ ഇൻഡസ്ട്രിയലിസം മുഴുവൻ അതാണ് ചെയ്യണത് കൺസ്യൂമറിസം മുഴുവൻ അതാണ് ചെയ്യണത് അവ്യക്തമായി ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിന്റെ ആദർശങ്ങളും ഐഡിയൽസും ഒക്കെ മാറ്റി മനുഷ്യനെ ഇരിക്കപ്പെടുതി ഇല്ലാതാക്കി തീർത്തിരിക്കുകയാണ് ഇതൊക്കെ ആസുരമാണ് രാക്ഷസമാണ് അപ്പൊ അസുരൻ രാക്ഷസൻ പുറത്തെവിടെ അന്വേഷിക്കേണ്ട നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ അസുരനുണ്ട് നമ്മളുടെ പഠിപ്പിൽ രാക്ഷസനുണ്ട് നമ്മളുടെ സകലവിധമായ വയറ്റപ്പൊഴുപ്പിലും ജോലിയിലും വാനിജിയിലും അഭിമാനത്തിലും ചുരുക്കത്തിൽ പറഞ്ഞാൽ അഹങ്കാരത്തിലാണ് രാക്ഷസനും അസുരനും നിൽക്കുന്നത് അതൊന്നുമല്ല ശാന്തിയാണ് ദൈവീ പ്രകൃതി അശാന്തിയാണ് ചലതുലതേ ഫ്രം ദർ അതാണ് അസുരൻ രാക്ഷസൻ ദൈവാസുരസമ്പദ്വിഭാഗയോഗം എന്ന അധ്യായത്തിലേക്ക് നമ്മള് പ്രവേശിക്കണം ദൈവീ ആസുരീ രാക്ഷാണി പ്രകൃതയാണ് നവമേ അധ്യാ സൂചിത താസാം വിസ്തരേണ പ്രദർശനായ അപയം സത്വസംശുദ്ധി ഇ അധ്യായ ആരഭ്യത്തെ താരമോക്ഷീ പ്രകൃതി നിബന്ധാ ആസുരീ രാസീട്ടം ഇതരയോ പരിവർജനീപ്രകൃതി ആസുരീ പ്രകൃതി ആചാര്യസ്വാമി ഭാഷ്യത്തിൽ പറഞ്ഞു ദൈവീപ്രകൃതി മോക്ഷത്തിന് കാരണമായിട്ട് തീരുന്ന് പതുക്കെ പതുക്കെ നമ്മളെ റിലീസ് ചെയ്യണതിന് പേരാണ് ദൈവീപ്രകൃതി കൂടുതൽ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യണതിന് പേരാണ് ദൈവീപ്രകൃതി കുടിലതകളിൽ നിന്ന് പതുക്കെ നമ്മൾ പുറത്തു വരണു നമ്മളുടെ ആവശ്യങ്ങൾ ശാന്തി ആനന്ദം പ്രിയം പരസ്പരം സ്നേഹം ഇതൊക്കെ ദേവീപ്രകൃതിയുടെ ലക്ഷണമാണ് ബന്ധന കാരണം സംസാരത്തിന് തള്ളണതാണ് ആ പ്രകൃതി ചുഴിയിൽ പിടിച്ച് തള്ളിക്കളയണതാണ് ആസുരീ പ്രകൃതി ദൈവീപ്രകൃതി ദൈവീ സമ്പദ് വിമോക്ഷായ നിബന്ധ അയച്ച് ആസുരീമത ഇനി ഭഗവാൻ അത് പറയാനും പോണ്ട് അതിൽ ദൈവീപ്രകൃതി ദൈവീപ്രകൃതി എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളില് നമുക്ക് കണ്ണാടിയിൽ നോക്കണ പോലെ നോക്കാം ആളുകളൊക്കെ ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങളും രോഗലക്ഷണങ്ങളും ഒക്കെ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശക്കനുണ്ടെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് അതിപ്പോ നേരത്തെ ചോദി ഊണയഴിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുണ്ടെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് ഒട്ടനെ ആശുപത്രിയിൽ പോയി ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടർ ചിലപ്പോ ഉണ്ടെന്ന് പറയും ചിലപ്പോൾ ഇല്ല എന്ന് പറയും അത് ഡോക്ടറിന്റെ മൂടനുസരിച്ചിരിക്കും മെഷീൻ അനുസരിച്ചിരിക്കും ബി പി വളരെ രസമാണ് ചിലപ്പോൾ ബി ഉണ്ട് എന്ന് പറയും ചിലപ്പോ ഇല്ല എന്ന് പറയും ഒരു ഡോക്ടർ ഉണ്ട് എന്ന് പറയും വേറൊരു ഡോക്ടർ ഇല്ല എന്ന് പറയും ഈ പോണ പേഷ്യൻസ് ഉണ്ടല്ലോ അവരും വളരെ വിചിത്രമാണ് അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാലേ തൃപ്തിയാവുള്ളു കാരണം പോകുമ്പോ തന്നെ നമ്മൾ ഗുരുവിന്റെ അടുത്ത് പോണത് നമ്മൾ പൂർണമാണെന്ന് പറയാനാണല്ലോ അതുപോലെ ആസ്പത്രിയിൽ പോണത് രോഗം ഉണ്ടെന്ന് പറയാ അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞാലാണ് തൃപ്തി അപ്പൊ അതുപോലെ ഈ ദൈവീ പ്രകൃതി ഇപ്പൊ പറയണത് നമ്മളിൽ ഉണ്ടോ എന്ന് അതാണ് ഭഗവാൻ വർണ്ണിക്കുന്നത് അർജുനൻ ചോദിക്കുകയാണ് ഭഗവാന്റെ അടുത്ത് എന്താ ഈ ദൈവീപ്രകൃതി ആസുരീ പ്രകൃതി ആന്തരികമാണിത് ലക്ഷണം ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഭഗവാനെ പറഞ്ഞുതരൂ എല്ലാവരും പൊതുവെ ലോകത്തില് അവനവൻ നല്ലവനായിട്ടാണല്ലോ നമ്മൾ ഗണിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് കുറ്റം പറയാൻ തുടങ്ങണത് കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ആദ്യം തീരുമാനിക്കും ഗീത ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു നല്ല യോഗ ലക്ഷണം എന്താന്ന് വെച്ചാൽ പരസ്വഭാവ കർമാണി ന പ്രശംസേത് നഗയേത് മറ്റുള്ളവനെ പ്രശംസിക്കും വേണ്ട നിന്ദിക്കും വേണ്ട വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃതിയാ പുരുഷേണത് വിശ്വം മുഴുവൻ ആത്മസ്വരൂപമായിട്ട് പ്രകൃതി പുരുഷൻ എന്നുള്ള ഭേദം പോലുമില്ലാതെ സകലതും ആ പൂർണ്ണ വസ്തുവായിട്ട് കാണുന്നു പക്ഷെ നമ്മളെ അറിയാതെ ഈ പൊന്തി വരണുണ്ടല്ലോ സ്തുതി നിന്ദ രാഗദ്വേഷം ഈ രാഗദ്വേഷത്തിന് മൂല കാരണം ദൈവീ ആസുരി സമ്പത്താണ് നമ്മളെ തന്നെ നമുക്ക് അല്പല്പം മനസ്സിലാക്കാനാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു വരുന്നത് ഇതിൽ ദൈവീ ആദ്യം പറയുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മുഖ്യമായിട്ട് വേണ്ടത് അതാണ് അത് മാത്രം വായിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ വായിക്കണ്ടല്ലോ ആസുരി സമ്പത്ത് വേണമെങ്കിൽ വായിക്കണ്ട കാരണം ആസുരി സമ്പത്ത് വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വീട്ടുകാരനെ ഞാൻ അപ്പോഴേ വിചാരിച്ചിട്ടുണ്ടാവൻ ആസുരി സമ്പത്താണ് അപ്പൊ അതുകൊണ്ട് ദൈവീ സമ്പത്ത് നേടിയെടുക്കേണ്ടതാണ് ഇത് ഉപാസനയാണോ കേട്ടോ ഈ അധ്യായം ഞാനല്ല ഉപാസനയാണ് ഉപാസനയിൽ നേടിയെടുക്കേണ്ടതാണ് പ്രയത്നിച്ച് നേടിയെടുക്കുന്നതിന് പേരാണ് ഉപാസന കർമ്മ ജ്ഞാനം എന്ന് പറയുന്നത് ബോധനാത്മകമാണ് തത്വമസി എന്ന് പറഞ്ഞാൽ ചെയ്യാനൊന്നുമില്ല അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം കേൾക്കുമ്പോൾ ചെയ്യാനൊന്നുമില്ല അറിയാൻ ഉള്ളൂ അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി പക്ഷേ ഉപാസനാ വിഷയം നേടിയെടുക്കേണ്ടതാണ് അച്ചീവബിൾ ആണ് അറ്റൈനബിൾ ആണ് അപ്പോൾ അതാണ് ദൈവീസമ്പത്തിനെ ഭഗവാനോട് വിസ്തരിക്കുന്നത് ശരിക്കും ഈ മൂന്ന് അധ്യായങ്ങൾ പതിനാറ് പതിനേഴ് പതിനെട്ട് കിലം ആണ് ിലം എന്ന് വെച്ചാൽ ചേർക്ക പതിനഞ്ചാമത്തെ അധ്യായത്തോടുകൂടെ ഗീതാശാസ്ത്രം പൂർണ്ണമായി അതുകൊണ്ടാണ് ഭഗവാൻ ഗംഭീരമായ ഒരു മുത്തായ്പ് വെച്ചത് അവിടെ പതിനഞ്ചാമത്തെ അധ്യായം അവസാനിപ്പിക്കുമ്പോ ഭഗവാൻ പറഞ്ഞു ഇത്രയും നേരം നിനക്ക് ഞാൻ ഒരു ശാസ്ത്രം പഠിപ്പിച്ചു ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാനക ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സാത് കൃതകൃത്യശ്ശഭാരത ഹേ ഭാരത നീ ഇത്രയും നേരം പറഞ്ഞത് കേട്ട് നീ ബുദ്ധിമാനാണെങ്കിൽ നീ കൃതകൃത്യനായിട്ട് തീരും മുക്തനായിട്ട് തീരും ജീവൻ മുക്തനായിട്ട് തീരും ഇത്രയും പറഞ്ഞിട്ട് പതിനാറാമത്തെ അധ്യായം പറയാൻ കാരണം കിലം അതായത് ചില ദോഷങ്ങളെ പരിഹരിക്കാനായിട്ടാണ് ഭഗവാൻ പതിനാറും പതിനേഴും പറഞ്ഞ് പതിനെട്ടാമത്തെ അധ്യായം സംഗ്രഹമാണ് ഗീതം മുഴുവൻ പഠിപ്പിക്കാം ഒറ്റ അധ്യായമുണ്ട് അപ്പൊ ഈ പതിനാറാമത്തെ അധ്യായം ഖിലത്തിലാദ്യമാണ് അതൊരു ഖില അധ്യായമാണ് ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് ആദ്യമായി ചില ക്വാളിറ്റീസ് ചില ഗുണങ്ങളെ ഭഗവാൻ എടുത്തു പറയുകയാണ് നോക്കൂ അഭയം സത് ശ്രീ ഭഗവാൻ ഉവാച പറയാം ശ്രീ ഭഗവാൻ ഉവാച അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ്യവസ്ഥിതി ദാനം ദമശ്ച യശ്ച്യായപ ആർജവം ശ്രീഭഗവാൻ ഉവാച ഓരോ അധ്യായത്തിലും ശ്രീഭഗവാൻ പറയണു എന്തിനെന്ന് വെച്ചാൽ പറയണ ആള് വളരെ പ്രധാനമാണ് അധ്യാത്മവിദ്യയിൽ ഞാൻ അരേണ അവരേണ പ്രോക്ത യേശ സുവിജ്ഞയോ ബഹുദാ ചിന്ത്യമാന എന്തൊക്കെ ശാസ്ത്രം പറയണമെന്നുള്ളത് മുഖ്യമല്ല ആര് പറയണമെന്നുള്ളതാണ് മുഖ്യം യോഗവാസ ഇഷ്ടത്തിൽ പറഞ്ഞു മഹാപുരുഷന്മാരെടുത്ത് പോയിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നാലും വെടി പറഞ്ഞുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല എന്നാണ് അവർ ഭഗവത്ഗീതയോ ഭാഗവതമോ ഉപനിഷത്തോ ഒക്കെ തന്നെ പറയണമെന്നില്ല സ്വൈരകഥാസ്തേഷാം ഉപദേശ ഭവന്തി അവരെന്തെങ്കിലുമൊക്കെ ലൗകിക വർത്തമാനം തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും അവർ ജ്ഞാനനിഷ്ഠന്മാരാണെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് വന്നാൽ ആൾക്ക് ഗംഗയിൽ കുളിച്ചിട്ട് വന്ന പോലെ ഉള്ളിലൊരു ഉള്ളിലൊരു സ്നാനം ഉണ്ടാവും ഒരു നിറവുണ്ടാവും എന്ത് പറയണമെന്നുള്ളത് മുഖ്യമല്ല ചില മഹാത്മാക്കളുണ്ട് ചീത്ത ഒക്കെ പറയും ചീത്ത വിളിക്കും കല്ലെടുത്തെറിയും അതുപോലെ അനുഗ്രഹമാണെന്നാണ് തിരുവണ്ണാമലയിൽ ശേഷാദ്രി സ്വാമികൾ എന്നൊരു മഹാത്മാ ഉണ്ടായിരുന്നു അന്നേം ചിലപ്പോൾ കല്ലെറിയും ചീത്ത വിളിക്കും ആളുകൾ ചിലര് മനസ്സിലാക്കും ചിലരും മനസ്സിലാക്കില്ല ഭക്തിയോട് സ്വീകരിച്ചാൽ മതി എന്നാണ് അവരെന്ത് ചെയ്താലും അനുഗ്രഹമാണ് കാരണം അവരെ മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്ന ഈശ്വരന്മാരാണ് അവർക്ക് അഭിമാനം ഇല്ലാത്തത് കൊണ്ട് അവര് ഈശ്വരന്റെ കയ്യിൽ ഒരു യന്ത്രം മാത്രാണ് ഒരാള് ശേഷാദ്രി സ്വാമികളെ കാണണമെന്ന് പറഞ്ഞ് തിരുവണ്ണാമലയിലേക്ക് വന്നു ട്രെയിൻ ഇറങ്ങി ട്രെയിനിൽ ഇറങ്ങി ഒരു ട്രെയിന് മാത്ര തിരുവണ്ണാമലയിൽ വരും ആ ട്രെയിനിൽ വന്ന് ഇറങ്ങി ആരെടുത്തോ ചോദിച്ചു ശേഷാബ്ദി സ്വാമികളെ എവിടെ കാണാൻ പറ്റും അപ്പൊ പറഞ്ഞു അരുണാചലേശ്വര ക്ഷേത്രത്തിലെ പോയി അന്വേഷിക്കും എന്നു പറഞ്ഞു അരുണാചലേശ്വര ക്ഷേത്രത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ ഒരാണ് പറഞ്ഞു ഉള്ളിൽ കടന്ന ഉടനെ ഒരു അമ്പലമുണ്ട് മുരുകൻ തൂണിൽ ആവിർഭവിച്ച അമ്പലമാണത് അരുണഗിരിനാഥര് പ്രഭുടദേവരായർ എന്ന രാജാവിന്റെ മുമ്പിൽ സദസ്സിൽ വെച്ച് മുരുകന്റെ ദർശനം കൊടുത്തു എന്നാണ് എല്ലാരെയും സദസ് അമ്പലത്തിന്റെ ഉള്ളിൽ അതാണ് കമ്പത്തിളയനാർ എന്ന് പറയുന്നത് അമ്പലം അവിടെയാണ് ശേഷാദ്രി സ്വാമികൾ സാധാരണ കിടക്ക അപ്പൊ ഈ ഭക്തൻ ശേഷാദ്രി സ്വാമികളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കമ്പത്തിളയനാർ ഗോവിലുണ്ടാവും ഇയാൾ അന്വേഷിച്ചു പോയി അവിടെ പോകുമ്പോ അവിടെ ചോദിച്ചു ശേഷാദ്ര സ്വാമികളുണ്ടോ അവിടെ കിടക്കണ വേറെ ഒരു സ്വാമി ഒരു ഭിക്ഷക്കാരൻ പറഞ്ഞു ഇപ്പൊ പോയതേ ഉള്ളു തോന്നുന്നു ഇപ്പൊ ഈ വഴിക്ക് പോയിരുന്നു എവിടെ പോയിച്ചത് ഈ വഴിക്ക് ഉള്ളിൽ പോയിരുന്നു ഉള്ളിൽ പോയി എവിടെയും കാണാനില്ല ഇയാൾ പിന്നെയും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ ആരോ പറഞ്ഞു അവിടെ എച്ച് എന്ന് പറയുന്ന ഒരു വൃദ്ധയുണ്ട് അവരുടെ വീട്ടിലാണ് പോയി ഊണ് കഴിക്കുക ചിലപ്പോഴൊക്കെ അവിടെ പോയി ചോദിക്കുമെന്ന് ഇയാളെ അന്വേഷിച്ച് പിടിച്ച് എച്ച് എം ആളുടെ വീട്ടിലേക്ക് പോയി അവിടെ പോയപ്പോ പറഞ്ഞു സ്വാമി ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിരിക്കായിരുന്നു കയ്യില് തരൂന്ന് പറഞ്ഞു കയ്യില് വാങ്ങിച്ചോണ്ട് ഇപ്പൊ പോയതേ ഉള്ളൂന്ന് കയ്യിൽ വാങ്ങിച്ചോണ്ട് ഇപ്പൊ പോയതേ ഉള്ളൂ അദ്ദേഹം പോലെ നടക്കും ഇന്ന സ്ഥലം ഒന്നും പറയാനേ പറ്റില്ല അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റില്ല അപ്പൊ എവിടെ പോയിട്ടുണ്ടാവും ആവോ ആർക്കറിയാം ചിത്തം പോക്ക് ശിവം പോക്ക് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല പിന്നെങ്ങനെ അന്വേഷിച്ചു പോയപ്പോ ആരോ പറഞ്ഞു ഇതോ മലയുടെ മുകളിൽ ഇങ്ങനെ പോണു കണ്ടു മലയുടെ മുകളിൽ ഇങ്ങനെ കയറി പോണു വിട്ടില്ല പിന്നാലെ പോയി രാത്രി പേരെ അന്വേഷിച്ചു ഒരു രക്ഷയില്ല അടുത്ത ദിവസം പറഞ്ഞു തെരുവിൽ നിൽക്കേണ്ടതെന്ന് ആരോ പറഞ്ഞു തെരുവിൽ പോയി നോക്കുമ്പോ കാണാനില്ല ഇപ്പൊ പോയതേ മൂന്ന് ദിവസമായിട്ട് ഈ മനുഷ്യൻ അന്വേഷിക്കുന്ന സ്ഥലത്തൊക്കെ ഒറ്റ ഉത്തരവേ ഉളുപ്പ് പോയി എന്നാണ് അവിടെ പോണവരെ ഉണ്ടാവും കാണില്ല അന്വേഷിച്ച് അന്വേഷിച്ച് വട്ടം കറങ്ങി അവസാനം മൂന്നാമത്തെ ദിവസമായപ്പോ പറഞ്ഞു സ്വാമി ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാരും പറഞ്ഞു ഇപ്പൊ പോയി ഇപ്പൊ പോയി ഞാൻ എവിടെ പോയി അന്വേഷിക്കും ഒരുപാട് കരഞ്ഞു അപ്പൊ ആരും പറഞ്ഞു ഇതാ തെരുവില് നടു റോട്ടിൽ ഇരിക്കുന്നുണ്ട് പോയിക്കൊള്ളൂന്ന് തോന്നുന്നു അന്വേഷിച്ച് പോകുമ്പോ നടു റോട്ടില് കൊറേ ആളുകൾ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ഇടക്കൂടെ എത്തി നോക്കി സ്വാമിയെ കണ്ടത് ഇയാൾക്കൊരു ഷോക്ക് ആയി എന്താന്ന് വെച്ചാൽ രണ്ടു ദിവസം മുമ്പ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴേ സ്വാമി വന്നിട്ട് ഒരു നാരണ തരൂവും ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു നല്ല ആരോഗ്യമായ ശരീരം പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ എന്തിനാ ഭിക്ഷ അടക്കണം ചോദിച്ചാ നല്ല ആരോഗ്യമായ ശരീരം പണിയെടുത്ത് ജീവിക്കരുതോ എന്തിനാ ഭിക്ഷ അടക്കണം എന്ന് ചോദിച്ചതാ അപ്പൊ ചിരിച്ചിട്ട് ഒരു പോക്ക് പോയിത്രേ സ്വാമി എന്ന് പറയുമ്പോ ഒരു വിധം ഭിക്ഷക്കാരൻ പറയും എല്ലാവരുടെ ഉള്ളിലും ആ വസ്തു ഉണ്ടെന്ന് കണ്ടാൽ ഭിക്ഷക്കാരൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കില്ലല്ലോ ഇത് ഭിക്ഷക്കാരൻ ഒരുവിധം സ്വാമി ഒരുവിധം കാണുന്നത് മൂന്നു ദിവസം വട്ടം കറക്കിയിട്ട് അതിനാണ് അയാൾക്ക് അയാളെ തന്നെ മനസ്സിലാക്കി വെച്ച് കൊടുക്കണമല്ലോ നമ്മൾ സ്വാമിയുടെ അടുത്തും അമ്പലത്തിലൊക്കെ പോകുമ്പോ ഭക്തി കാണിക്കും മറ്റു സ്ഥലത്താണല്ലോ അറിയാം സ്വാമി തന്നെ വേറെ വിധത്തിൽ വന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല സ്വാമിയാണ് പറഞ്ഞു കഴിയുമ്പോ ഒരു ഭക്തിയും സ്വാമി അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോ ഒരുമാതിരിയും ചിലത് സ്വാമിയും ചിലത് സ്വാമിയും അപ്പൊ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാവം സ്വാമി എന്നൊരു ഭാവം അത് അത് മാറ്റി കൊടുക്കാനാണ് ഇയാളുടെ അടുത്ത് ഭിക്ഷകാരനായിട്ട് പോയി കയ്യിന്ന് കിട്ടിയപ്പോ വളരെ പുച്ഛണ അപ്പോ വ്യവഹാരം പണി നാലണ കൊടുക്കാൻ പോണത് ആ നാലണ കൊടുക്കാൻ പണിയെടുത്തൂടെ അതിന് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പണിയെടുത്ത് ജീവിക്കണവനാണ് എന്റെ സാമർഥ്യം കൊണ്ടാണ് ഞാൻ സമ്പാദിക്കുന്നത് ഇത്രയും അഹങ്കാരം അതിന് അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് പണിയെടുക്കാതെ കിട്ടണം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു തിരുവണ്ണാമല് ഇത്ര ഭിക്ഷക്കാരൊക്കെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ പണിയെടുക്കാതെ ഇരിക്കണ്ടല്ലോ അടോ ആദ്യം അവർക്ക് ഒരു നമസ്കാരം വെച്ചു കാരണം അവരും കൂടെ നിന്റെ കോമ്പറ്റീഷനിൽ വന്നാൽ എന്റെ വയറ്റപ്പഴപ്പിൽ പോലെ അത്രയും പേര് കോമ്പറ്റീഷൻ ഇല്ലാതെ നീ കൊടുക്കണ ഒരു ഉറുപ്പയും വാങ്ങിച്ചുകൊണ്ട് കിട്ടിയത് തിന്നിട്ട് ഇരിക്കണില്ലേ ഈ അല്ലെങ്കിൽ തന്നെ പോപ്പുലേഷൻ കൂടുതലാണ് ഇനി ഇവരും കൂടെ നിന്റെ കൂടെ മത്സരത്തിന് വന്നാൽ നിന്റെ ശമ്പളത്തിൽ കുറച്ച് കുറയും നിശ്ചയാണ് എന്തിനാ വെറുതെ ഈ വാദമൊക്കെ പോണത് ചിലപ്പോ നമുക്ക് തോന്നും കുറെ വാദം കഴിഞ്ഞാൽ നമ്മളാണ് മഹാപാവികൾ ക്രിമിനൽസാണെന്ന് തോന്നുന്നു അപ്പോ എന്നിട്ടാണ് സ്വാമിയെ കാണുമ്പോ ഇയാള് അതേ ആള് അവിടെ ഇരിക്കണേ കാണണം എന്നിട്ട് പിന്നെ നമസ്കരിച്ചോ കരഞ്ഞോ പ്രാർത്ഥിച്ചോ കാര്യം വരെ ശേഷാദ്രി സ്വാമികൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വിചിത്രമാണ് അവരൊക്കെ സിദ്ധന്മാര് പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഉപദേശിക്കില്ല നമ്മളുടെ പ്രകൃതിയെ തന്നെ നമ്മൾക്ക് കാണിച്ചു അനുഗ്രഹം ചെയ്യണതും ആശീർവാദം വാക്കുകൊണ്ട് പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഡൽഹിയിൽ പോയപ്പോ ഒരു വയസ്സായ ഒരാളെ കാണാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി നൂറു വയസ്സായിരിക്കണം അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിരുവണ്ണാമല ഉള്ള ആളാണെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് കാണണമെന്ന് പറഞ്ഞത് ഞാൻ കുട്ടിയായിരിക്കുമ്പോ എന്റെ അമ്മ എന്നെ വീട്ടുമുറ്റത്ത് വെച്ച് ഇരുത്തിയിട്ട് ഭക്ഷണം കയ്യിൽ കുഴച്ചിട്ട് ഇട്ട് തരുവായിരുന്നു അപ്പൊ ഇങ്ങനെ എനിക്ക് ഉമ്മർത്ത പടിയിലിരുത്തി ഇങ്ങനെ ഭക്ഷണം കയ്യിൽ തരുമ്പോ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തരുവുകൂടെ ശേഷാദ്യ സ്വാമികൾ പോണു അപ്പൊ സ്വാമികളും കൂടെ വന്നിരുന്നു കൂടെ വന്നിരുന്ന് ഈ കുട്ടി ഒരു കൈ വാങ്ങിച്ചു കഴിക്കും സ്വാമി ഒരു കൈ വാങ്ങിച്ചു കഴിക്കും അങ്ങനെ കുട്ടിക്ക് കയ്യിൽ കൊടുക്കണത് സ്വാമി ഒരു കൈ വാങ്ങിച്ചു കഴിക്കും കുട്ടി ഒരു വാങ്ങിച്ചു കഴിച്ചിട്ട് സ്വാമി മുഴുവൻ കഴിച്ചിട്ട് നൂറ് വയസ്സ് ഇരുപ്പായിടാ തട്ടിക്കൊടുത്തിട്ട് പോയിരുന്നാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന നൂറാമത്തെ വയസ്സാണ് എന്റെ നിയതിയാണ് ഇതൊക്കെ ഇതൊക്കെ പുറത്തു വരാൻ എന്തെങ്കിലുമൊക്കെ വഴി വേണല്ലോ അതുകൊണ്ടാണ് ഈശ്വരനെ അവിടെ കൊണ്ടുപോയത് നൂറ് വയസ്സ് എറുപ്പായിടാന്ന് വന്ന് തട്ടിക്കൊടുത്തിട്ട് പോയിരുന്നു ഇതൊക്കെയാണ് ആശീർവാദം ഇത്രയൊക്കെയാണ് ഒരു ഒരു ക്ഷണ നേരം ക്ഷണാർത്ഥോപി സത്സംഗ ശേവധി ഒരു ക്ഷണാർത്ഥം സത്സംഗം കിട്ടിയാ മതി വലിയ നിധിയാണ് മഹാപുരുഷ ദർശനം ഒരു ക്ഷണനേരത്തേക്ക് കിട്ടിയാ മതി ഒന്ന് വലിയ ഒരുപാട് നേരം കിട്ടണം എന്ന് ഐ കോണ്ടാക്ട് ഉണ്ടായാൽ മതി ഒരു ക്ഷണ എന്തെങ്കിലും ഒരു വിധത്തിൽ സമ്പർക്കം മതി ജ്ഞാനിയുടെ എക്സിസ്റ്റൻസ് ഇരുപ്പ് തന്നെ ലോകാനുഗ്രഹമാണെന്നാണ് കാരണം അയാൾ ഇരിക്കുന്നത് ശരീരത്തിലോ മനസ്സിലോ അല്ല സർവവ്യാപമായ വ്യാപകമായ അസ്തിത്വത്തിലാണ് അതുകൊണ്ട് തന്നെ അവൻ ഇരിക്കുന്ന ഇരുപ്പ് കൊണ്ട് തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് അയാൾ പ്രത്യേകിച്ച് ആശീർവദിക്കണമെന്നില്ല അവൻ്റെ ഇരിപ്പ് അഭിമാനത്തിലോ മനസ്സിലോ ശരീരത്തിലോ ഏകദേശീയ സത്തയിലല്ല സർവ്വദേശീയ സത്തയിലാണ് അതുകൊണ്ട് തന്നെ അവന്റെ ഇരിപ്പ് തന്നെ അനുഗ്രഹമാണ് എങ്കിലും പ്രത്യേകമായ ചില അനുഗ്രഹം ആ അനുഗ്രഹമാണ് നമുക്ക് വളരെ പ്രധാനം മഹാപുരുഷന്മാരിൽ നിന്ന് എന്തൊക്കെ വരണമോ ഇതൊക്കെ തന്നെ അനുഗ്രഹമാണ് അതുകൊണ്ട് ആ ഭാവം മുമ്പിലുണ്ടായാൽ നമുക്ക് ശ്രവണം വളരെ പ്രധാനം അതുകൊണ്ടാണ് ഗീതയിലെ ഓരോ അധ്യായവും ശ്രീ ഭഗവാൻ വാചാം ഭഗവാനിൽ ഗീത വരുന്നത് ഭഗവാനാണ് വക്താവ് ഭഗവത്വാണിയാണ് അതുകൊണ്ട് തന്നെ ആ വാക്കില് ഒരു വിധത്തിലുള്ള പിഴയും അനർത്ഥകൽപ്പനകളും ഉദ്ദേശത്തിൽ എന്തെങ്കിലും അശുദ്ധിയും ഉണ്ടാവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് വേദമാണ് പൂർണ്ണമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ അധ്യായത്തിലേക്ക് പ്രവേശിക്കാണ് ഈ അധ്യായം ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ തുടങ്ങുന്നത് തന്നെ അഭയം ഈശ്വരൻ നമുക്ക് തരുന്നത് അഭയം അഭയമാണ് ഭഗവാന്റെ അടുത്ത് നമുക്ക് കിട്ടാനുള്ള വരം അഭയം രാമായണത്തില് ശ്രീരാമചന്ദ്രൻ അഭയം കൊടുത്തു വിഭീഷണന് അഭയം വിഭീഷണന് കൊടുക്കുമ്പോ രാമൻ പറയണത് അഭയം സർവഭൂതേഭ്യോ ദിയേതത് വ്രതം മമ ഞാൻ സർവഭൂതങ്ങൾക്കും അഭയം കൊടുക്കുന്നു സന്യാസികൾ പറയും സന്യാസം എടുക്കുമ്പോ അഭയം സർവഭൂതേഭ്യ അഭയം മത്ത എന്നിൽ നിന്ന് ഇനി ഭയം ആർക്കും ഇല്ല സർവഭൂതേഭ്യ അഭയം എന്ന് വെച്ചാൽ ഇനി ഞാൻ ആരുടെടുത്തും കോമ്പറ്റീഷനില്ല ആരുടെയും ഒന്നും ഞാൻ പറിച്ചെടുക്കില്ല ആരോടും ചണ്ട കൂടാനില്ല രാഗദ്വേഷത്തിനില്ല അഭയം മാത്രമല്ല അബ്സലൂട്ട് സെക്യൂരിറ്റി അഭയം എന്നുള്ളതിന് മറ്റൊരർത്ഥമാണ് അബ്സലൂട്ട് സെക്യൂരിറ്റി ഭയം ദ്വിതീയാത് ഭവതി രണ്ടുണ്ടെങ്കിൽ ഭയുണ്ട് രണ്ടില്ലെങ്കിൽ ഭയമില്ല സാധാരണമല്ല വലയിൽ അഭയമെന്ന് പറയണത് ഇവിടെ ബയോളജിക്കൽ ഫിയർ അല്ല സൈക്കോളജിക്കൽ ഫിയർ ശാരീരികമായി തീ തൊട്ടാ ചുടും അത് വേണം അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല തീ തൊടാൻ പാടില്ല ചുടും നീങ്ങി നിൽക്കണം പോകുമ്പോൾ എനിക്ക് ഭയമേ ഇല്ല നാട്ടു റോഡിൽ ഞാൻ നടക്കും ഇപ്പൊ ഞാൻ വരുന്ന വഴിയിൽ ആളുകൾ അങ്ങനെയാണ നടക്കണത് അതിപ്പോ അഭയമാണോ എന്തോ എനിക്കിപ്പോ നിശ്ചയൊന്നുമില്ല എനിക്കാണോ ആപാടെ ഭയമായിരുന്നത് ആരുടെങ്കിലും മുട്ടുപോയി കാറ് ഒരു കൂസലും ഇല്ല റോട്ടിൽ കൂടെ അങ്ങോട്ട് നടക്കണു ഇങ്ങോട്ട് നടക്കണു ഹൈവേയില് അപ്പൊ അഭയം എന്ന് പറഞ്ഞ ഇതാണ് ലക്ഷണമെങ്കിൽ കേരളം മുഴുവൻ അഭയമാണോ റോട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പെടി ഇല്ലാതെ നടക്കണേണ്ടത് നിയമമൊക്കെ കുന്തമാണെന്നുള്ള മറ്റേ നടത്തണം അതുകൊണ്ട് അഭയം എന്ന് വെച്ചാൽ അങ്ങനെയല്ല തോന്നിയവാസിക്ക് ഉണ്ടാവണ അഭയമല്ല പലപ്പോഴും റെക്കലെസ്നെസ് ആണ് ഫിയർ അല്ല ഫിയർലെസ്നെസ് അല്ല എന്നുവച്ചാൽ അശ്രദ്ധ നമ്മൾ എവിടെയോ ആണ് ചെവിയില് ഓരോന്ന് വെച്ചിരിക്കുകയാണേ ഒരു ക്ഷണ നേരം പോലും ഇയാള് മുമ്പിൽ നിൽക്കണതൊന്നും കാണുന്നില്ല മോർണിംഗ് വാക്കിന് പോകുമ്പോ എന്തോ കേട്ടോണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സദാസമയം ഏതോ ലോകത്തിലാണ് പിന്നെ എന്ത് ചെയ്യും സൈക്കിൾ ഓടിക്കണമോ ബൈക്ക് ഓടിക്കണമെന്ന് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല അഭയം എന്ന് വെച്ചാൽ ശരിക്കുള്ള ഫിയർലെസ്നെസ് ഭയമില്ലായ്മ അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനാണ് വേദം ഭദ്രം എന്ന് പറഞ്ഞത് ഭദ്രം കർണേഭി ശ്രണുയാമദേ നമുക്കറിയാം അതൊരു ഒരു മാനസികമായ വികാരം ഒരു കൺവിക്ഷൻ ഞാൻ മരണമില്ലാത്ത വസ്തുവാണെന്നുള്ള അറിവിന്റെ രൂപത്തിലുള്ളതാണത് അഭയം ആ അഭയം വെച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് നമ്മൾ ക്രമേണ ഇതിലുള്ള ഓരോ ഗുണങ്ങളും എടുത്ത് നമ്മളെ നാളെ കാണാം അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ് യജ്ഞസ്റ്റ് സ്വാധ്യായ തപഹ ആർജവം ഈ ഓരോ ഗുണങ്ങളും സാധകന്മാർക്ക് വളരെ വളരെ പ്രധാനമാണ് നാളെ വൈകിട്ട് ഇതേ സമയം നമ്മൾ ഈ ശ്ലോ ശ്ലോകാർത്ഥത്തോടുകൂടെ തുടങ്ങാം രാവിലെ ഏഴ് മണി മുതൽ എട്ടുമണിവരെ രാവിലെ ഏഴുമണി മുതൽ എട്ടുമണിവരെ ഇവിടെ പതിവായിട്ടുള്ള സത്സംഗം കഴിഞ്ഞ പ്രാവശ്യം തുടർന്ന് വരുന്നത് തന്നെയാണ് ഭഗവാന്റെ ഉള്ളത് നാൽപ്പത് അത് മലയാളത്തിലുള്ള അതിൻ്റെ വ്യാഖ്യാനം സ്വാത്മസുഖി എന്ന പേരില് ആത്മ സ്വാത്മസുഖിയാണ് രാവിലത്തെ പ്രഭാഷണത്തിന് വിഷയം പുസ്തകം എവിടെ കിട്ടും ുള്ളവർക്ക് വാങ്ങിക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ശ്രവണത്തിന് രാവിലെ ഏഴ് മുതൽ എട്ട് മണി വരെ പതിവായിട്ടുള്ള സത്സംഗം വൈകുന്നേരം ഇതേപോലെ പിന്നെ പുത്തൻ തെരുവ് കൽപ്പനായികി സമയത്ത് അഗ്നീശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നു മുതൽ തൈത്തിരിയ കൃഷ്ണയജുർവേദ സംഹിത യാഗം നടന്നുവരെയാണ് ദിവസം രാവിലെ ഏഴുമണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് സമയം സെപ്റ്റംബർ നാലാം തീയതി പൂർണാഹുതി യ മസി ത്വമേ താച്യം മമ കിഞ്ചിതസ് യഥാപേഷ്ടം കൂരുമാത്മനം രമണം ഭജി ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സത്യം ജാനമനന്തം നിമകം ഗോഷ്ട ണലോലമ പരമായാസം മാതാമ ഭുവനം ക്ഷമാനമം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം പരമാനന്ദം മൃത്സ്മത്സിഹേതിയശോദ താടനശൈശവസന്സം വ്യാധോകലോകോകർദലോക ോകത്രയപുരമൂലസ്തംഭം ലോകോകമനോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ടപരിപുവീരഘ്നം ക്ഷിതിഭാരഘ്നം ഭരോകഘ്നം കൈവല്യം നവനാഹാരം ഭുവനം വൈമലയസ്ഫുടേതോ വൃത്തിവിശേഷഭാസ ണമതോവിം ഗം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിം പര യോ മതി ത്വമ തോന്നം മിഞ്ചി അതിയേഷ്ടം കൂരുമാം തഥൈ സ്വാം ആത്മനം